സ്തോത്രം കാലങ്ങളെല്ലാം തീർന്നു പോവും കാലമെല്ലാം മറയും കാലമെല്ലാം കഴിയും കാലമെല്ലാം തീരും എന്നാൽ പിന്നീട് ഒരു പുതിയ യുഗം വിരിയും ഇന്നീ കാണുന്നതെല്ലാം മറഞ്ഞ് അപ്രത്യക്ഷമാവുകയും ചെയ്യും എല്ലാം പോവും ഇന്നത്തെ ഭൂമി പോവും ഇന്നത്തെ ആകാശം പോവും ും ഭൂമിയും പിന്നെ കണ്ടില്ല വെളിപ്പാട് പുസ്തകത്തിൽ എങ്ങനെയാണ് പറയുന്നത് ആകാശവും പുതിയ ആകാശവും ഭൂമിയും പിന്നെ കണ്ടില്ല തീർന്നു എല്ലാം തീരുന്നു ഒരു ദിവസം അതെന്താണെന്നൊക്കെ അറിഞ്ഞുകൂടാ എല്ലാം തീരും ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂല മിനറൽസ് ആൻഡ് മെറ്റൽസ് ധാതുക്കളും ലോഹങ്ങളും അതുപോലെ തന്നെ ലവണങ്ങൾ സോൾട്ട് വെറും സോൾട്ട് മാത്രമല്ല സോഡിയം ക്ലോറൈഡ് മാത്രമല്ല അനേകം ലവണങ്ങൾ ലവണങ്ങൾ മിനറൽസ് ആൻഡ് മെറ്റൽസ് എല്ലാം എല്ലാം മൂലപദാർത്ഥങ്ങൾ കത്തി അഴിഞ്ഞു പോകും എല്ലാം കത്തിപ്പോകും ഭൂമിയുടെ അഗാധതയെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ലോഹങ്ങൾ ഇരുമ്പ് ചെമ്പ് സ്വർണം മുതലായ ലോഹങ്ങൾ അതെല്ലാം എല്ലാം ഇന്ന് ഖനികൾ ഖനികളിലൂടെ ഇറങ്ങിച്ചെന്ന് അതെല്ലാം ഇന്ന് അരിച്ചു വെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് വിവിധ ലോഹങ്ങളായി നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്നത് എല്ലാം കത്തിപ്പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും ഭൂമിയും അതിലുള്ള പണികളും പണികളും പണിപ്പാടുകൾ ബിൽഡിംഗ്സ് കെട്ടിടങ്ങൾ എല്ലെല്ലാം ഭൂമി അതിന്റെ പണികളും വെന്തു പോകുകയും ചെയ്യും ഭൂമിയിലുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല ഭൂമിയിലുള്ള വൃക്ഷങ്ങൾ ലതകൾ സസ്യങ്ങൾ എല്ലാം എല്ലാം കത്തിപ്പോകും മൂലപദാർത്ഥങ്ങൾ അകത്തി അഴിയും ഭൂമി അതിനുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും ഇവയൊക്കെയും ഇതെല്ലാം നശിക്കാനുള്ളതാണ് എല്ലാം തീരാനുള്ളതാണ് ആകാശം കൊടുമ്പഴുക്കത്തോട് ഒഴിഞ്ഞു മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും അഴിയുക നശിക്കുക അഴിയുക എന്ന പഴയ മലയാള പദത്തിന്റെ അർത്ഥം നശിക്കുക എന്നാണ് അഴിനീല എന്ന് പറഞ്ഞാൽ നാശമെന്നാണ് അഴി മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും ചെയ്യും ഇങ്ങനെയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ട് അഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുങ്ങുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം പറയുകയാണ് പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ കാണാം നാം വെളിപ്പാട് പുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിങ്ങനെ ചിന്തിച്ചും പഠിച്ചും വരികയാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരണമെന്നാണ് ആഗ്രഹിച്ചത് ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുൻപുള്ളതായ അനേകമനേകം ബാധകൾ അനേകമനേകം പ്രകൃതിക്ഷോഭങ്ങൾ വലിയ വലിയ വ്യാധികൾ മനുഷ്യനെഞ്ചിഞ്ചായി മരിക്കുന്നതായ ഭീകരമായ ദുരിതങ്ങൾ ഏതാണ്ട് അഞ്ച് വർഷത്തേക്ക് ദണ്ഡനുഭവിച്ച് പിന്നെ അങ്ങനെ നരകിച്ച് നരകിച്ച് മരിക്കുന്ന മനുഷ്യന്റെ മേൽ വരുന്നതായ ഭീകരമായ ആക്രമണങ്ങൾ ബോംബാക്രമണങ്ങൾ രാസബോംബുകൾ കെമിക്കൽ വെപ്പൺസ് ബയോളജിക്കൽ വെപ്പൺസ് ജൈവായുധങ്ങൾ ഇങ്ങനെയുള്ളതായ പല പല പലതരം ബോംബുകൾ പലതരം വിസ്ഫോടന വസ്തുക്കൾ ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി മനുഷ്യൻ വയ്ക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധി അതെല്ലാം എല്ലാം സംഭരിച്ചു വെക്കുകയാണ് ദൈവമനുഷ്യന് കൊടുത്തതായ ബുദ്ധി മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ തന്നെ ഉപയോഗിക്കുകയാണ് മനുഷ്യൻ മനുഷ്യനെ തകർക്കാൻ തന്നെ ഉപയോഗിക്കുകയാണ് ശാസ്ത്രം അങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നേടുന്നതിൽ അപ്പുറം ഈ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ കൊണ്ട് സാധിച്ചെടുക്കുന്നത് ഇന്ന് മനുഷ്യൻ മനുഷ്യനെ കൊല്ലാനാണ് ഇതെല്ലാം മുൻകൂട്ടി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല ദാനിയൽ പ്രവചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് സെഹന്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് സെഹരിയാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് സെഹരിയാ പതിനാലം വായിക്കുമ്പോൾ കാണാം സെഹരിയാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് യോവേൽ പ്രവചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് പ്രവചനഗ്രന്ഥങ്ങൾക്കാണ് അത് എസ്ഇയാവ് അത് പറയുന്നുണ്ട് ഇരമ്യാവും അത് പറയുന്നുണ്ട് ഏറ്റവും കൂടുതലായി പറയുന്നത് ദാനിയലാണ് ദാനിയ പ്രവാചകന്റെ പുസ്തകം പ്രിയപ്പെട്ടവരെ ഈ വെളിപ്പാട് പുസ്തകം അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദാനിയ പ്രവചനം പഠിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴല്ല കൺവെൻഷനല്ല ഈ വെളിപ്പാട് പുസ്തകവും ഇപ്പോൾ ഈ കൺവെൻഷന്റെ പഠനം തീരുകയില്ല വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം അത് തീരണമെങ്കിൽ ഇനിയും എത്രയോ ക്ലാസ്സുകൾ വേണ്ടിവരും എന്നാൽ അത് എല്ലാ വെള്ളിയാഴ്ചയും പ്രിയപ്പെട്ട സി എം എസ് സാറിന്റെ വീട്ടിൽ നടക്കുന്ന ബൈവക്ലാസ് ഇവിടെ ഇപ്പോൾ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് കൃപ തരുന്നത് പോലെ കർത്താവ് ആയുസ് തരുന്നത് പോലെ ദൈവം ആയുസ് തരണ്ടേ ആരോഗ്യം തരണ്ടേ അത് ലഭിക്കുന്നതിന് ഒത്തവണ്ണം ഇതെല്ലാം പറയാമെന്ന് ആശിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ നിങ്ങൾ തിരുവദിനം വായിക്കണം നിങ്ങൾ തിരുവതി പഠിക്കണം എന്താ വായിക്കാൻ പോകുന്നത് രണ്ട് പത്ര ദോസ് മൂന്നിന്റെ പത്ത് മുതൽ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും അന്ന് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകയും മൂലപദാർത്ഥങ്ങൾ കത്തി നശിക്കുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകയും ചെയ്യും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുക ഇവയൊക്കെയും നശിക്കാനുള്ളതാകിയാൽ ആകാശം ചുട്ടഴിയാനും ആകാശം ചുട്ട് നശിക്കാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുങ്ങുവാനുമുള്ള മൂലപദാർത്ഥങ്ങൾ വെന്തൊരുങ്ങുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തി ദൈവ കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്നാൽ എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം അവന്റെ വാഗ്ദത്ത പ്രകാരം കർത്താവായ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു സ്തോത്രം രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ പറയുന്നത് നാം വിശുദ്ധരായിരിക്കേണ്ടതാണ് എന്തിന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നാം കാത്തിരിക്കണം കർത്താവിന്റെ വരവിന് വേണ്ടി രണ്ട് എല്ലാവരെയും ബദ്ധപ്പെടുത്തണം നാം കാത്തിരിക്കണം നാം ഒരുങ്ങിയിരിക്കണം പോരാ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ കാര്യം നോക്കണം നാം അന്ന് നഷ്ടപ്പെട്ടു പോകരുത് കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ ശവിക്കപ്പെട്ടവരേ എന്നുള്ള ശബ്ദം കേൾക്കാൻ ഇട എന്നെ വിട്ട് പിശാചിഹ്മാവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാകൃതിയിലേക്ക് പോകുകയും എന്നുള്ള ശബ്ദം കേൾക്കാൻ ഇട െന്തു ചെയ്യണം നാം ഒരുങ്ങണം നാം വിശുദ്ധ ജീവിതമുള്ളവരായി തീരണം നാം ഭക്തിയുള്ളവരായി തീരണം അതുപോര അതിനപ്പുറം മറ്റുള്ളവരെ ബദ്ധപ്പെടുത്തണം അവരെ ധൃതി അവരെ ബദ്ധപ്പെടുത്തണം ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ ബദ്ധപ്പെടുത്തി എന്നൊരു വാക്യം കാണാം ബദ്ധപ്പെടുത്തി ഭൂതന്മാർ ലോത്തിനെയും കുടുംബത്തെയും ബദ്ധപ്പെടുത്തി എന്തിനാണ് വേഗം ഓടിപ്പിക്കോളാനാണ് പറയുന്നത് ബദ്ധപ്പെടുത്തി നാട് കത്താൻ പോകുന്നു ആകാശം തീ പെയ്യാൻ പോകുന്നു ആകാശത്ത് ഗന്ധകം ഭൂമിയിലേക്ക് പൊഴിയാൻ പോകുന്നു ഗന്ധകം കോരിച്ചൊരിയാൻ പോകുന്നു ഗന്ധകം ഗന്ധകം തീയും ഗന്ധകവും കൂടി പെയ്യും ഗന്ധകം ഉരി കഴിഞ്ഞാൽ അതെവിടെ വീണാലും അവിടം അത് പറിച്ചുമാറ്റാൻ ഒക്കുകയില്ല അത് തുടച്ചു മാറ്റാൻ ഒക്കുകയില്ല അത് മാറ്റണമെങ്കിൽ അവിടെ ചെത്തിക്കളയണം അങ്ങനെ ഈ ഭൂമിയിലേക്ക് ഗന്ധകവും തീയും പെയ്യാൻ പോകുന്നു മഹാനാശം വരാൻ പോകുന്നു വേഗം പുറപ്പെട്ടുകൊള്ളുക വേഗം പുറപ്പെട്ടുകൊള്ളുക ലോത്തിനെ ബന്ധപ്പെടുത്തി ലോത്ത് പക്ഷേ പിന്നെയും വൈകുകയാണ് ലോത്ത് വൈകുന്നു എന്താ കാരണം ഒരുപടി കാര്യങ്ങൾ തൂത്ത് എടുക്കാവുന്നത് പെറുക്കിയെടുക്കാവുന്ന വില കൂടിയല്ല എടുക്കാവുന്ന ലോത്തിന്റെ ഭാര്യ വിചാരിച്ചു ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും അവൾ അലമാരി തുറന്നപ്പോൾ പത്ത് മുപ്പത് സാരി ഇരിക്കുന്നു കളഞ്ഞിട്ട് പോകുന്നു വലിയ അന്ന് സാരിയുണ്ടോ എന്ന് നിങ്ങൾ ചെന്നോട് ചോദിക്കരുത് എന്നാ തീ പിടിച്ച് വിലയ്ക്ക് മേടിച്ചതാ ഇതൊക്കെ കളഞ്ഞു പോകുന്നെങ്ങനെയാ ഇട്ടിച്ച് പോകുന്ന എങ്ങനെയാ അപ്പുറത്ത് അവിടെ അവിടെ അകത്തൊരു ബോക്സിനകത്ത് കുറെ സ്വർണ്ണമിരിക്കുന്നു ആഭരണങ്ങളിരിക്കുന്നു എങ്ങനെ കളഞ്ഞു പോകും ഇതൊക്കെ വിട്ടുവെച്ച് എങ്ങനെയാ പോകുന്നത് അത്യാവശ്യം ഉള്ളതെല്ലാം ധരിച്ചു കളയാം എല്ലാം കൂടി ധരിച്ചപ്പോഴത്തേക്കും കനം കൂടി ഓടാൻ പറ്റില്ല ലോത്ത് പറഞ്ഞു എടിവെണ്ണേ നീ എന്ത് പണ്ടത്തല ഈ ഇതെല്ലാം കൂടി ചുവന്നുകൊണ്ട് പോയാൽ നീ ഒപ്പം ഓടില്ല കനം കൂടുതലാകും അതുകൊണ്ട് കുറച്ചവിടെ അഴിച്ചു വയ്ക്ക് ഭാര്യയും ഭർത്താവ് അപ്പോഴും തർക്കം നമ്മുടെ നാട്ടിലെ രീതിയായി പറയുന്നത് നിങ്ങളുടെ പലരുടെയും വീട്ടിലെക്കാരിയായി പറയുന്നത് തർക്കം ആരാ തോൽക്കുക ആരാ ജയിക്കുക ദൂതന്മാരോടൊന്നും ബന്ധപ്പെടുത്തുകയ്യോ നിങ്ങൾ വാദിച്ചിട്ടുണ്ട് നിൽക്കേണ്ട സമയമല്ലിത് വേഗം പുറപ്പെടണം ദൈവവൈതരേ തർക്കം നിർത്താറായില്ലേ കുടുംബകലഹം നിർത്താറായില്ലേ അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കാറായില്ലേ സംശയവിചാരങ്ങൾ വിട്ടുകളയാറായില്ലേ നീ ഈ സംശയവിചാരങ്ങളായിട്ടിരിക്കുമ്പോൾ ഈ അവിശ്വാസ ചിന്തകളായിട്ടിരിക്കുമ്പോൾ അപ്പോഴാണ് യേശു വരുന്നതെങ്കിൽ നീ എവിടെ പോകും ചിന്തിച്ചിട്ടുണ്ടോ ഒരു തെല്ല് ചിന്തിച്ചിട്ടുണ്ടോ അഴുക്കിൽ നിന്റെ ഹൃദയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരം പോയില്ല ഹൃദയം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു വരുന്നതെങ്കിൽ എവിടെ പോകും നീ ബ്ലൂഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു വരുന്നതെങ്കിൽ എവിടെ പോകും കുഞ്ഞേ നിന്നോട് ചോദിക്കട്ടെ നീ എസ് സന്ദേശം മൊബൈൽ ഫോണിൽ വന്ന എസ് നോക്കി നീ കുളിരുകോരിയിട്ട് ആനന്ദിച്ച് മതിമറന്നിരിക്കുന്ന സമയത്താണെങ്കിൽ കൊള്ളരുതാത്ത വാക്കുകൾ ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരൻ അയച്ചത് അത് വായിച്ച് രസിച്ച് നീ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അപ്പോഴാണ് യേശു വരുന്നതെങ്കിൽ നീ എവിടെ പോകും എന്റെ സഹോദരങ്ങളെ ഞാന് ഇത് അയവില്ലാതെ പറഞ്ഞുകൊള്ളട്ടെ ഓർത്തുകൊള്ളണം സ്റ്റാൻഡ് നോ ആൻഡ് സിൻ നോട്ട് ഭയത്തോടും വിറയിലോടും കൂടി നിൽപ്പീൻ ആൻഡ് സിൻ നോട്ട് പാപം വരരുത് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർപ്പിക്കുകയാണ് സ്റ്റാൻഡ് നോ ആൻഡ് സിൻ നോട്ട് എന്തിനാണ് നമ്മുടെ ഈ കൺവെൻഷൻ നമ്മുടെ രണ്ടാം ശനിയാഴ്ച യോഗങ്ങൾ എന്തിനാണ് രണ്ടാം ഞായറാഴ്ചയും മൂന്നാം കൂടുന്ന യോഗങ്ങൾ എന്തിനാണ് എന്തിനാണ് എല്ലാ തിങ്കളാഴ്ചയിൽ യോഗം കൂടുന്നത് എന്തിനാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈവ് ക്ലാസ് എടുക്കുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ യുവാക്കന്മാരുടെ യോഗം ഒന്നാമത്തെയും മൂന്നാമത്തെയും ബുധനാഴ്ച സന്ധിക്ക് ശ്രീമാസാന്റെ വീട്ടിൽ നടക്കുന്നത് എന്തിനാണ് വിവിധ സ്ഥലങ്ങളിൽ വനിതാ സമ്മേളനം നടക്കുന്നു എല്ലാ വനിതാ സമ്മേളനങ്ങളെയും കേന്ദ്രമായി ഡോക്ടർ പോലൂസിന്റെ വീട്ടിലെല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ഒന്നാമത്തെ ചൊവ്വാഴ്ചയും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വനിതാ സമ്മേളനം നടക്കുന്നത് എന്തിനാണ് വിവിധ സ്ഥലങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈ യോഗങ്ങളൊക്കെ നടക്കുന്നത് എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ബദ്ധപ്പെടുത്തുകയാണ് ബദ്ധപ്പെടുത്താനാണ് പ്രിയപ്പെട്ടവരെ ബദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ നിങ്ങളിങ്ങനെ പോകല്ലേ അപകടം വരല്ലേ അനർത്ഥം നിങ്ങൾക്ക് വരല്ലേ പിന്നെ കൈകാലിട്ടടിച്ചിട്ട് ഫലമില്ല ഒരു വിധത്തിലും പോകുന്നില്ലെന്നുണ്ടപ്പോൾ ലോത്തിനെ ആ ദൂതന്മാരെടുത്ത് പുറത്താക്കി ലോത്തിനെടുത്ത് പുറത്താക്കി ഭാര്യ എടുത്തു പുറത്താക്കി ലോത്തിന്റെ രണ്ട് പെൺമക്കളെ എടുത്തു പുറത്താക്കി പട്ടണവാതിലിന് പുറത്ത് അവർ തന്നെത്താൻ പുറപ്പെടുന്നില്ല എന്റെ ദൈവമേ തന്നെത്താൻ പുറപ്പെടാത്തവരെ ചിലരെ എടുത്തു പുറത്താക്കിയാലും എത്തുകയില്ല എന്താ കാര്യമെന്നറിയാമോ അകം മാറിയില്ല ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് ജീവൻ കിട്ടിയാലും നിൽക്കില്ല ദൈവത്തിന്റെ സ്തോത്രം ഇടതു നിന്ന് പ്രാർത്ഥിച്ച് ജീവൻ കിട്ടിയാലും നിൽക്കില്ല വലിയൊരു മർമ്മം പറഞ്ഞു നിങ്ങൾ പറയും ഞാൻ ഇനി ഒരിക്കലും പാവത്തിലേക്കില്ല യോ എനിക്ക് വേണ്ടിന്ന് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കർത്താവു കറക് എല്ലാവർക്കും വേണ്ടിയല്ലേ അല്ലേ പ്രാർത്ഥിക്കാം പക്ഷേ ില്ക്കില്ല അതെന്താ കാരണം പറഞ്ഞിരുന്നു ഒരു വാക്ക് പറഞ്ഞിരുന്നു പുറകോട്ട് നോക്കരുത് പിറകോട്ട് നോക്കരുത് പാവൻ ലോത്തിന്റെ ഭാര്യ ഓടുമ്പോൾ അവളുടെ മനസ്സില് മുഴുവൻ അവിടെ അലമാരിക്കാതിരിക്കുന്ന സാരിയും അവിടെ ഇരിക്കുന്ന പൊന്നും അവിടെ ഇരിക്കുന്ന ആഭരണങ്ങളും ആ വീടും വീടിന്റെ പരിസരങ്ങളും അവൾ നട്ടുപിടിപ്പിച്ച നല്ല പൂക്കളും നല്ല ചെടികളും അതിന്റെ നല്ല ഭംഗിയും എല്ലാം എല്ലാം അവളുടെ മനസ്സിൽ ഇങ്ങനെ തിക്കിത്തിരക്കി നിൽക്കുകയാണ് ഓടുന്നുണ്ട് കൂട്ടായ്മയിൽ വരുന്നുണ്ട് ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് വേറെയാണ് ഹൃദയം വേറെ പോവുകയാണ് കൂട്ടായ്മയിൽ വരുന്നുണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് ഹൃദയം വേറെയാണ് ഉള്ള് പണത്തിലാണ് ഉള്ള് ദ്രവ്യത്തിലാണ് ഉള്ള് ലോക ഹൃദയം ലോക ഇമ്പങ്ങളിലാണ് ഹൃദയം ഇന്ന് പാപത്തിലാണ് പാവമല്ലെങ്കിലും ലോകത്തിലാണ് ലോകവും പാവവും അല്ലെങ്കിലും സ്വയത്തിലാണ് ഞാൻ എന്റെ എനിക്ക് ഒരു സ്വാർത്ഥതയിലാണ് ഇത് വിടാതെ മകനെ നിനക്ക് നിലനിൽക്കാൻ പറ്റില്ല ദൈവത്തിന്റെ സ്തോത്രം ഈ സ്ത്രീ ഇങ്ങനെ ഓർത്തോർത്ത് പോയപ്പോൾ അറിഞ്ഞില്ല ഓർത്തില്ല ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് അറിയാതെ പുറകോട്ടും നോക്കിപ്പോയി ലോത്തും പിള്ളേരും ഓടുന്നുണ്ട് കൂടെ ഓടിയതാണ് പക്ഷേ ഒന്ന് പിറകോട്ട് നോക്കിപ്പോയി ഒരു സെക്കൻഡ് എ ഗ്ലാൻസ് ഓർ എ ഗ്ലിംസ് ഒരു സെക്കൻഡ് പ്രിയപ്പെട്ടവരെ ഒരു സെക്കൻഡ് നേരം ഷൂ എന്താണിങ്ങനെ ദൈവം ഇത്ര ക്രൂരനോ ദൈവം ഇത്ര നിഷ്ഠൂരനോ ലോകത്തിനങ്ങനെയൊക്കെ പറയാം ദൈവത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയാം ലോകത്തിന് പറയാം മനുഷ്യർക്ക് പറയാം ദൈവത്തിന് സ്തോത്രം എന്റെ സഹോദരങ്ങളെ മറ്റുള്ളവർ പറയട്ടെ നമ്മുടെ ഹൃദയത്തിൽ തോന്നരുത് അവസരം തന്നില്ലേ ആലോചന തന്നില്ലേ ഉപദേശം തന്നില്ലേ ഇറങ്ങി ഓടാൻ പറഞ്ഞില്ലേ വേഗം നിങ്ങൾ ബന്ധപ്പെട്ട വർദ്ധത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞില്ലേ വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞില്ലേ ധൃതി വളരെ ബദ്ധപ്പെടുത്താൻ ശ്രമിച്ചില്ലേ ദൈവത്തിന് സ്തോത്രം ലോത്ത് വിശ്വസിച്ചു അതുകൊണ്ടാണ് ലോത്ത് ആ അർദ്ധരാത്രി തന്നെ ലോത്ത് നേരെ ആ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നേരെ പെൺമക്കളെ രണ്ടുപേരെയും കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരുടെ വീട്ടിൽ ചെന്നത് കല്യാണം ഉറച്ചിരിക്കുകയാണ് കല്യാണം നടന്നിട്ടില്ല ആ ചെറുപ്പക്കാരുടെ വീട്ടിലൊന്ന് ചെല്ലണം അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് പറയണം മക്കളെ ഇനി ഇവിടെ താമസിക്കണ്ട കത്താൻ പോവുക ഒട്ടും താമസമില്ല തീയും ഗന്ധകവും പെയ്യും എന്റെ മക്കളെ നിങ്ങളും രക്ഷപ്പെടണമെന്ന് എനിക്കൊരാശയുണ്ട് ബന്ധപ്പെടുത്താൻ പോയിരിക്കുക അവരെയും ബന്ധപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പലരും സാക്ഷി പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഒരാളനുഭവത്തിലേക്ക് വന്നപ്പോൾ ഭാര്യ വന്നു അല്ലെങ്കിൽ ഭർത്താവ് വന്നു മക്കൾ വന്നു മാതാപിതാക്കൾ വന്നു അടുത്ത ബന്ധത്തിൽപ്പെട്ടവരെ വിളിച്ചു എനിക്കൊരു മാറ്റം വന്നു നിങ്ങളും വരണം ബന്ധത്തിൽപ്പെട്ടവരെ വിളിച്ചു നിങ്ങൾ പലരും ക്ഷണിച്ചില്ലേ പലരെയും വിളിച്ചില്ലേ ബദ്ധപ്പെടുത്തുകയാണ് പലരെയും നിങ്ങൾ വളരെ സ്നേഹത്തോടെ സൌഹൃദത്തോട് ക്ഷണിച്ചില്ലേ ബദ്ധപ്പെടുത്തുകയായിരുന്നു നിങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം എന്തിനാണ് ഈ കണ്ട് അഡ്വർട്ടൈസ്മെന്റ്സ് എല്ലാം എന്തിനാണ് പത്രത്തിലെ പരസ്യങ്ങളെല്ലാം എന്തിനാണ് ബദ്ധപ്പെടുത്താനാണ് അത്രയും പേര് ഇതെന്ന് കേൾക്കട്ടെ അത്രയും പേര് ഇതൊന്നറിയെ അത്രയും പേരായി സത്യമൊന്നറിയട്ടെ എന്റെ ദൈവത്തിന്റെ സ്തോത്രം ആ ചെറുപ്പക്കാർ വീട്ടിൽ ചെന്നു നട്ടപ്പാതിരിക്ക് വിളിച്ചുണർത്തി നോക്കിയപ്പോൾ അമ്മായിപ്പനാണ് നിൽക്കുന്നത് അമ്മായിപ്പൻ ചെറുപ്പ എന്താ പറ്റിയേ എന്നാ പറ്റിയേ വല്ല ആവത്തോ അവടോ എന്റെ മക്കളെ ഒന്നും പറ്റിയില്ല പറ്റാൻ പോവുക അപ്പൊ വന്നില്ല വരാൻ പോവുക അയ്യോ എന്നാ എന്നാ മക്കളെ എന്താന്നറിയാമോ നമ്മുടെ ഈ നാട് കത്താൻ പോവുകയാണ് തീയും ഗന്ദകവും പെയ്യും അവർ മുഖത്തോടൊന്നു നോക്കി ചെറുപ്പക്കാര് പ്രായമായപ്പോൾ ഏതാണ്ട് കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്തോ കുഴപ്പം പറ്റി എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് പ്രായമായതുകൊണ്ട് ഈ വാർത്തകൃതിൽ വരുമ്പോൾ അങ്ങ് ചിലർക്ക് അങ്ങനെ കുഴപ്പമുണ്ട് ഏതാണ്ടൊരു വികല്പം ഏതാണ്ടൊരു പെർവേട്ടഡ് മെന്റാലിറ്റി പെർവേർഷൻ ഏതാണ്ട് കുഴപ്പമുണ്ട് അപ്പോഴേ ദുസ്വപ്നമെല്ലാം കണ്ടായിരുന്നോ എന്റെ മക്കളെ ഞാൻ നല്ല ബോധത്തോടെ നിൽക്കുന്നത് നല്ല സുബോധത്തോടെ നിങ്ങളും കൂടെ വേഗം ഓടി ഇറങ്ങാനവരുണ്ട് താമസിക്കരുത് അതാ ഞങ്ങൾ ഓടുക ഞങ്ങൾ പോവുക നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന പെൺപിള്ളേര് ഞങ്ങളുടെ കൂടെ ഓടാൻ തയ്യാറായി നിൽക്കുക നിങ്ങളുടെ അമ്മയവരല്പം സംശയിക്കുന്നത് പക്ഷേ അവളും പുറപ്പെടാനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക വേഗം വേഗം വേഗം വേഗം അപ്പ ഈ മണ്ടത്തരത്തിൽ ഒന്നും ഞങ്ങൾ കിട്ടില്ല ഈ വിഠിത്വത്തിന് ഞങ്ങൾ കിട്ടില്ല ഞങ്ങളതിനില്ല ഞങ്ങളിതിനില്ല ചെറുപ്പക്കാർ തർക്കിച്ചു അവർ പരസ്പരം പറഞ്ഞു പക്ഷെ കഷ്ടമായി പോയി നല്ലൊരു മനുഷ്യനായിരുന്നു എങ്കിൽ ഇത്ര ചെറുപ്പത്തിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ വന്നല്ലോ കഷ്ടമായി പോയി കെ എ സാറിന്റെ കാര്യം പറഞ്ഞില്ലേ മത്തായി സാറേഷൻ കേട്ടില്ലേ ഈ ഏതാണ്ട് മാനസിക രോഗം പറ്റിയെന്ന് ആളുകൾ വിചാരിച്ച് കൂട്ടായ്മയിലേക്ക് വന്നപ്പോഴത്തേക്കും ഏതാണ്ട് കുഴപ്പം പറ്റിയെന്ന് നല്ലൊരു കഴിവുള്ള യുവാവായിരുന്നു പോക്കായിപ്പോയിന്റെ ദൈവത്തിന് സ്തോത്രം ദൈവ പൈതലെ ലോകം നിന്നെ പരിഹസിക്കും ലോകത്തിന് മനസ്സിലാവില്ല നിനക്ക് ഉള്ളിൽ കിട്ടിയ നിധി എന്താണെന്ന് ലോകത്തിന് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല സ്ത്രോത്രം നിന്റെ ഉള്ളിൽ കിട്ടിയ സ്വത്ത് എന്താണെന്ന് ലോകത്തിന് മനസ്സിലാവുകയില്ല എന്റെ കർത്താവിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം വഹുത്തുപെടട്ടെ ലോകം നിന്നെ ആക്ഷേപിക്കുമ്പോൾ നീ സത്യവഴിയിലാണെന്ന് ഗ്രഹിച്ചുകൊള്ളൂ പാപം വിടാത്തവരെ അതിനെ പരിഹസിക്കുമ്പോൾ നീ സമ്പൂർണ്ണ സത്യത്തിന്റെ പാതയിലാണെന്ന് ഉറച്ചുകൊള്ളൂ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്തുപെടട്ടെ ലോകത്ത് കുറച്ചു നേരം നിന്ന് വാദിച്ചു ദൂതന്മാരവിടെ ബദ്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വരാന്തയില് അതൊക്കെ എന്റെ പാവനയാണേ അങ്ങനെ അവരൊരു വരാന്തയുണ്ടോ ആർക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വെപ്രാളപ്പെട്ട സമയം വൈകുന്നു സമയം വൈകുന്നു സമയം തെറ്റുകയുമില്ല അതാണ് കുഴപ്പം സമയം തെറ്റുകയുമില്ല ഗെറ്റിംഗ് ലേറ്റ് വൈകിക്കൊണ്ടിരിക്കുന്നു എന്താ ചെയ്യ എന്റെ ദൈവത്തിന് സ്തോത്രം എന്താണ് ലോത്ത് നിരാശയോടെ മടങ്ങി വന്നു വേഗം പിന്നെ പിന്നെ ലോത്തിന്റെ ആ മനസ്സിന്റെ വാട്ടവും മാറിയിട്ടില്ല മുഖത്തിന്റെ മ്ലാനതയും മാറിയിട്ടില്ല പൊതുവേ ഒരു വിഷമം ഇട്ടേച്ച് പോവുകയും ചെയ്യണോ എന്റെ ദൈവമേ ഈ സ്വന്തപ്പെട്ടവരെ കെട്ടിച്ച് ഓടണമല്ലോ വളരെ വളരെ കാര്യമായി കരുതിയ കൊച്ചുങ്ങളെ ഇട്ട ഓടണമല്ലോ ദൈവത്തിന് സ്തോത്രം ഭൂതന്മാരെടുത്ത് പുറത്താക്കി അത്രയ്ക്ക് സ്നേഹം എടുത്ത് പുറത്താക്കി പോകുന്ന വഴിക്ക് ഈ സ്ത്രീ ഒന്നും നോക്കിപ്പോയി പിന്നെ നോക്കേണ്ടി പിന്നെ നീങ്ങേണ്ടി വന്നില്ല കാരണം അവിടെ നിലച്ചുപോയി അനക്കമില്ല അയ്യോ ഭാര്യ എത്തി വരുന്നുണ്ടോ ലോകത്ത് നോക്കിയില്ല ലോകത്ത് നോക്കിയെങ്കിൽ ലോത്തിനും കുഴപ്പം വന്നേനെ അയ്യോ എന്റെ പ്രാണപ്രിയ ആയിരുന്നവള് അവൾ എത്തി വരുന്നുണ്ടോ നോക്കിയില്ല സ്നേഹിതരെ പറയട്ടെ ഞാന് ഭാര്യയെ സ്നേഹിക്കണ്ട എന്നല്ല പറഞ്ഞത് ഭർത്താവിനെ സ്നേഹിക്കണ്ടെന്നല്ല പറഞ്ഞത് ആത്മാവിന്റെ വിഷയത്തിൽ പിറകോട്ട് നിന്നാലും നീ മുന്നോട്ട് പൊയ്ക്കൊള്ളണം സ്ത്രോത്രം ആരെല്ലാം പുറകോട്ട് പിടിച്ചാലും നീ മുന്നോട്ട് പൊയ്ക്കൊള്ളണം അങ്ങനെയുള്ളവരാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ പിറകോട്ടുള്ള ചിന്ത ഉള്ളിലുള്ളവര് അറിയാതെ നോക്കിപ്പോകും ആരെല്ലാം പിടിച്ചു പുറത്താക്കിയാലും പുറകോട്ട് പോയി പോകും അഥവാ പുറകോട്ട് നിന്നുപോകും അവസാനം ലക്ഷ്യത്തിലെത്തുകയില്ല സ്തോത്രം ദൈവത്തിന് സ്തോത്രം ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്ത വേറെ അനേകം പേരോട് ഇരിപ്പുണ്ട് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നവര് നല്ല കരുത്തോടെ ഓടുന്നവര് സ്ത്രോത്രം ദൈവത്തിന്റെ വലിയ നാമം വഹുത്തുപെടട്ടെ തുടങ്ങി ശേഷം ഓട്ടം വേഗത കുറഞ്ഞുപോയവരോട് ഇരിപ്പുണ്ട് നല്ല സ്പീഡായിരുന്നു ആദ്യം അപ്പത്രയില്ല ക്ഷീണം വേറൊന്നും ഉണ്ടായിട്ടല്ല മടുപ്പ് എത്ര കാലം എങ്ങനെയാണ് ഒന്ന് നോക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല ആരോടൊക്കെ പോവാൻ പാടില്ല ഇങ്ങനെയുണ്ടോ ഒരു ഡിസിപ്ലിൻ എന്തൊരു അച്ചടക്കം ഇങ്ങനെയുണ്ടോ ഓ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഉടനെ എന്താ പറ്റിയേ ചോദ്യം ചൊരു കഷ്ടപ്പാട് ചിലപ്പോൾ ശാസന് ചിലപ്പോൾ വഴക്ക് പറയുന്നു എന്നാ ചിലടക്കം മധുരമായിട്ട് പറയുകയും ചെയ്തു ഇതെന്ത് കൃതിയത് എന്റെ ദൈവത്തിന്റെ സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങോട്ട് പറയട്ടെ നിങ്ങൾക്ക് തുറന്നു പറഞ്ഞു തരട്ടെ എന്നാൽ തുടങ്ങിയതിനു ശേഷം സാക്ഷാത്തായി അനുഭവത്തിൽ നിൽക്കുന്ന അനേകർ ഇവിടെ ഈ പന്തിലും കിഴിരിപ്പുണ്ട് ദൈവത്തിന്റെ സ്തോത്രം പ്രിൻസ് ഒന്നും വരാമോ പ്രിൻസ് ജസ്റ്റ് ദൈവത്തിന്റെ സ്തോത്രം പത്താം ക്ലാസ്സിൽ പാസ്സാകുമ്പോൾ പ്രിൻസ് പത്താം ക്ലാസ്സിൽ പാസ്സാകുമ്പോൾ പ്രിൻസ് മൂവാറ്റുഴ അടുത്ത് കയനാടാണ് വീട് പ്രിൻസ് അന്ന് ഫസ്റ്റ് ഒന്നാമതായിട്ട് പാസായ ചെറുപ്പക്കാരനാണ് നിർമ്മല കോളേജ് മൂവാറ്റുഴ നിർമ്മല കോളേജിൽ ചേർന്നപ്പോഴ് പയ്യെ പയ്യെ തെറ്റിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങി വിദ്യാർത്ഥി നേതാവായി പള്ളിയിൽ നശിക്കുന്നത് എങ്ങനെയാണ് വിദ്യാർത്ഥി നേതാവാകുക ഒരാളെ നശിപ്പിക്കണമെങ്കിൽ നേതാവാക്കിയാ മതി തീർന്നോളും ഭാവി തീർന്നോളും ക്ഷമിക്കണേ മക്കളെ നിങ്ങൾ ക്ഷമിക്കണേ ഗവർണൻ സാറ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സുവിശേഷം പറഞ്ഞപ്പോരേ ദൈവത്തിന് സ്തോത്രം ഈ നിങ്ങൾക്ക് ആരെയെങ്കിലും നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാക്കി മാറ്റിയാ മതി തീർന്നോളും കഥ ആത്മീയം തീർന്നോളും ഭൗതികമായിട്ടൊക്കെ പോകും പ്രിൻസ് നേതാവായിക്കഴിഞ്ഞു പിന്നെ പുസ്തകവും ബുക്കും അല്ല കയ്യില് കഠാരി സൈക്കിൾ ചെയിൻ ഇടിക്കട്ട എന്താ കാരണം പിന്നെ കോളേജിൽ പോകുന്ന ഇതൊക്കെ വേണ്ടേ അല്ലാതെ കോളേജ് അങ്ങനെയൊക്കെ ആയിട്ട് നേതാവായിട്ട് നടന്നു ദൈവത്തിന്റെ സ്തോത്രം എന്റെ കർത്താവത്തിന്റെ സ്തോത്രം അവിടെ നടന്ന് നടന്ന് എന്തൊക്കെയുണ്ടായി പ്രിൻസ് തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ കൊള്ളാം നല്ലതാണ് പറഞ്ഞോളൂ ഒരു മൈക്കൊടുത്തിന്റെ സ്തോത്രം പ്രിയമുള്ളവര് എന്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ മൂവാറ്റൂര പട്ടണത്തിലേക്ക് ഇറങ്ങി പൂർണമായും മദ്യത്തിന് അടിമപ്പെട്ട ഒരു ജീവിതമായിരുന്നു എന്റേത് ഞാൻ എന്റെ മാതാപിതാക്കളെയൊന്നും ബഹുമാനിക്കാതെ നാട്ടുകാരെയും മാനിക്കാതെ എന്ത് തോന്നിയ ആസ്ഥനും നേതൃത്വം കൊടുത്തതുണ്ട് ഒരു വാടക പോലെ ഒരു കൂലിത്തല്ലുകാരനെ പോലെ മൂവാറ്റുഴ പട്ടണത്തിലൂടെ അഴിഞ്ഞാടി നടന്നു അതിനുശേഷം മദ്യശാപ്പിൽ പണിയായി ഇപ്രിയമുള്ളവരെ കഴിഞ്ഞ ശേഷമാണ് വിവാഹം നടന്നത് ഞാൻ അല്പം പോലും സമാധാനം എന്റെ കുടുംബത്തിൽ കൊടുത്തിട്ടില്ല എന്റെ മാതാവിനും ഭാര്യയ്ക്ക് ഒന്നും അല്പം പോലും സമാധാനം കൊടുക്കാതെ എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതെ തോന്നിയ ജീവിതം മുടിച്ച ഒരു മഹാഭാവിയാണ് ഞാൻ എന്നാൽ രണ്ടായിരത്തി നവംബർ മാസം ഈ കൂട്ടായ്മയിൽ വന്ന് നല്ലവനായ എന്റെ പുനർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോള് എന്റെ ജീവിതത്തിലേക്ക് എന്റെ പുനർത്താവ് എഴുന്നള്ളി വന്നപ്പോള് എന്റെ ജീവിതത്തിൽ നിന്ന് പ്രകടമായ മാറി ഞാൻ ഓർക്കുന്നു എന്റെ ജീവിതത്തിൽ എന്റെ ഭവനത്തിൽ എന്റെ തലയണയുടെ വടിവാളും വാക്കത്തീം വെച്ച് ഞാൻ ഭയത്തോടു കൂടി ഞാനും ഭാര്യ തലേണയുടെ ഈ ും വെച്ച് കിടന്ന ഒരു കാലം എന്റെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈ കൂട്ടായ്മയിൽ വന്നെ ജീവിതം എന്റെ കർത്താവ് ഏറ്റെടുത്തപ്പോൾ ഇന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന ഒരു ദൈവസ്നേഹം ഞാൻ അറിയുന്ന പ്രിയമുള്ളവരെ എന്റെ കുഞ്ഞുങ്ങളും യേശുവിനെ കണ്ട് യേശുവിനെ വാഴ്ത്തിപ്പാടി സ്തുതിക്കുന്നു ഞങ്ങൾ കുടുംബമായി സമാധാനം അനുഭവിക്കുന്നു ആക്രോശവും അട്ടഹാസവും തെറിയും നിറഞ്ഞ എന്റെ ഭവനത്തിൽ ഇന്ത്യ സ്തുതി ഉയരുന്ന പ്രിയമുള്ളവരെ ഞങ്ങൾ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും നിൽക്കുവാൻ ഇതിനെല്ലാം മുഖാന്തരമായത് ഈ കൂട്ടായ്മയാണ് എനിക്കറിയാം ഈ കൂട്ടായ്മയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോകേണ്ട വ്യക്തിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചു പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഈ നല്ലവനായ ദൈവത്തെ വാഴ്ത്തിപ്പാടി സ്തുതിച്ചോണ്ട് എന്റെ അത്യകാലം യേശുനായി ജീവിക്കണം ദൈവത്തിന് ദൈവത്തിന് സ്തോത്രം ഈ ഷാപ്പില് ജോലിയായിരുന്നപ്പോ ഷാപ്പിലെ കോൺട്രാക്ടറെ തല്ലി ഒരു കൂടി ഉടമസ്ഥനെ തല്ലി അതിനൊന്നും മടിയില്ല തയ്യലാൻ തല്ലാൻ കൂട്ടുകാരുണ്ട് തിന്മ ചെയ്യാൻ കൂട്ടുകാരുണ്ടല്ലോ എന്തെല്ലാം എന്തെല്ലാം വൃത്തികെട്ട ജീവിതം എന്റെ ഭർത്താവിന്റെ സ്തോത്രം ഈ കരടിയെപ്പോലെ കടിച്ചു കീറുന്നവരെ പുള്ളിപ്പൊലിയെപ്പോലെ ചാടിക്കടിക്കുന്നവരെ സിംഹത്തെ പോലെ ഗർജിക്കുന്നവരെ കുഞ്ഞാടുപോലെ ശാന്തനാക്കുന്നൊരു ക്രിസ്തു ഉണ്ട് സ്തോത്രം എന്റെ ദൈവത്തിന് സ്തോത്രം ഈ ഭയങ്കര കോപിഷ്ടനായ ഒരു യുവാവുണ്ട് ഇന്ന് വന്നിട്ടുണ്ടോ ഈ നമ്മുടെ കുന്നോട്ടിലെ ജോയി എവിടെ കയറിപ്പോണ്ടോ ജോയി എവിടെ ഇപ്പോണ്ടോ കമോൺ കമോൺ വരണം ദൈവത്തിന്റെ സ്തോത്രം ജോയി ജോയിക്ക് ഭാര്യ ഏതെങ്കിലും കാര്യം പറഞ്ഞ കരഞ്ഞാൽ ഉടനെ ജോയി പൊട്ടി പൊട്ടിച്ചിരിക്കും ഭാര്യ ചിരിക്കുമ്പോഴേ ജോയിക്ക് കരച്ചിൽ വരും പിന്നെ ഭയങ്കര അരിശം വരും എന്താണ് ജോയിക്ക് സുബോധം നഷ്ടപ്പെട്ടു അതിൽ ഏറ്റവും ഭയങ്കരമായ കാര്യം കത്തിക്കൊണ്ട് കുത്താൻ തുടങ്ങിയ ആ കാര്യവും സ്കൂൾ കത്തിച്ച കാര്യം പറയത്തിന് ഞാൻ ഹൈസ്കൂൾ ജീവിതത്തിൽ തന്നെ ഞാൻ പഠിച്ച സ്കൂള് തീവച നശിപ്പിച്ചവനാണ് ഞാൻ എന്റെ ജീവിതത്തിന്റെ എന്റെ ജീവിതത്തിൽ ഒരു ബോധബാധയുണ്ടായിരുന്നു അപ്പം നമ്മൾ വരെ ആരെങ്കിലും ഒരു മറിഞ്ഞ വീട്ടിൽ പോലും അരം കരുന്നത് കണ്ടാൽ ഞാൻ ഉറക്കം ചിരിച്ചു പോകും ആരെങ്കിലും ഏതെങ്കിലും സന്തോഷഭവനത്തിൽ ചിരിക്കുന്നത് കണ്ടാൽ ഞാൻ കോപം കൊണ്ട് വിറയ്ക്കും എന്റെ ശരീരത്തിന്റെ ശക്തി നാലിലിട്ടിയാകും അതെനിക്ക് തന്നെ അറിയാമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ബോധപാധയായി ഞാൻ എന്റെ എന്റെ പള്ളിയുടെ ശവക്കോട്ടയിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഒറ്റയ്ക്ക് പോയിക്കണം എന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങ് ഞാൻ എന്റെ വാസം ഗതരാജ് ബോധവത്ഥന പോലെ ഒരു സുബോധം ഇല്ലാതെ നടന്നവനായ എന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത്താഴും പെണ്ണു പോലും ഉണ്ടാകെ ഒരു രാഷ്ട്രീയ ശാത്രുവിനെ വേണ്ടി എൻ്റെ ഒരു കയ്യിലൊരു കുറുടിയും ഒരു കയ്യിലൊരു പുഴ നീളം ഒരു കത്തിയുമായി ഞാൻ വെളുപ്പിനെ നാലുമണിവരെ പതി ചെയ്യുന്നതാണ് പ്രിയമുള്ളവരെ അങ്ങ് നിന്നവനായ എന്നെ എന്നെ ഞാൻ ഈ കൺവെൻഷൻ തുടങ്ങിയ ദിവസം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ ഉത്സവം വസ്ത്രം ധരിച്ചു നിർത്തണമേന്ന് കർത്താവ് ഉത്സവം വസ്ത്രം തരുവാൻ കൊണ്ടാകുന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ ജീവിതം ഒരിക്കലും രേശുവിന്റെ സന്നിധിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ഒരു അസറ്റായി നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ എന്റെ ജീവിതം ഒരിക്കലും സമർപ്പിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഈ ഒരാളെ കൊല്ലാൻ പോയിക്കും ഒരു ഒരാൾപാർപ്പില്ലാത്ത വീട്ടിൽ പതുങ്ങിയിരുന്നു വെളുപ്പിന് നാലുമണിവരെ ആള് വന്നില്ല ഭാഗ്യം വന്നിരുന്നെങ്കിലും കൊലപാതകം നടന്നേനെ കുമ്മനോട്ടിലൊരു കൊലപാതകം നടന്നേനെ പ്രിയപ്പെട്ടവരെ ഭാഗ്യമായി പോയി ആ മനുഷ്യനൊന്ന് വരാൻ തോന്നാഞ്ഞത് കൊല്ലാൻ ഒരാളെ ഓടിച്ച ഒരാളുണ്ട് നമ്മുടെ കൂട്ടായ്മയില് ഒരാളെ കൊല്ലാനായിട്ട് പണിക്കും കൂടി കുര്യാക്കൂസ് ഉണ്ടാവും കുര്യാക്കൂസ് ഉണ്ടാവും കുര്യാക്കൂസ് വന്നു ഒരാളെ കൊല്ലാൻ ഓടിച്ചു ഭാഗ്യത്തിന് അയാള് ഒരു വീട്ടിൽ കയറി ഒളിച്ചു കുര്യാക്കോസ് അവിടം വരെ ആളെ കണ്ടുണ്ടാകുന്നത് നോക്കിയിട്ട് കാണുന്നില്ല ആളെ കാണുന്നില്ല കണ്ടിരുന്നെങ്കിൽ ഒന്ന് വകുപ്പതിയാനേ ദൈവത്തിന് സ്തോത്രം പുതിയ സമർപ്പണത്തോടെ വാക്കു പറയാ പുതിയ സമർപ്പണത്തോടെ കർത്താവിനോട് പുതിയ വാക്ക് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പറയാം ദൈവത്തിന് സ്തോത്രം ഞാന് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ആ വ്യക്തി പോകുന്നതായി കണ്ടത് ഞാൻ കണ്ട ഒരു കടയിൽ നിന്ന് ഏതാണ്ട് വരുമ്പോഴും നിങ്ങള നാരങ്ങ മുറിക്കുന്ന ഒരു കത്തിയുമായിട്ട് ഓടിയത് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് എന്തായാലും ആളോടി രക്ഷപ്പെട്ടതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല ഞാൻ എന്റെ കർത്താവിന് വേണ്ടി എന്റെ ജീവിതം സമ്പൂർണമായി കലഹറയില്ലാതെ ഒരു വിശുദ്ധനായി നിൽക്കുവാൻ അവന്റെ ഒരു തികഞ്ഞ സാക്ഷിയായി നിൽക്കുവാൻ എന്ന നീക്കമായി എന്റെ ജീവിതം ഞാൻ ഒരിക്കൽ കൂടി ഈ നിമിഷം സമർപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഞാൻ ഇതെല്ലാം ചിലരെ കൊണ്ട് പറയിപ്പിക്കുന്നു ചിലരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉള്ളവരൊക്കെ ഇരിപ്പുണ്ട് നാളെ ഒരു ദിവസം നിങ്ങൾ എഴുന്നേറ്റ് പറയണം നാളെ ഒരു ദിവസം നിങ്ങൾ എഴുന്നേറ്റ് പറയണം ഞാൻ സുബോധമില്ലാത്തനായിരുന്നു ബോധമില്ലാത്തവളെ പോലെ പെരുമാറികളാണ് ബോധം നഷ്ടപ്പെട്ടവളെ പോലെ പെരുമാറിയതാണ് എന്നാൽ ക്രിസ്തു എനിക്ക് ബോധം തന്നു ക്രിസ്തു എനിക്ക് വെളിവ് തന്നു ക്രിസ്തു എനിക്ക് സുബോധം തന്നു ദൈവത്തിന് സ്തോത്രം സാക്ഷിക്കണം എന്തിനാണ് അനേകരെ ബന്ധപ്പെടുത്താനാണ് ബദ്ധപ്പെടുത്താൻ നിങ്ങൾ കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം ബന്ധപ്പെടുത്തണം നിങ്ങൾ എത്ര പേര് ബന്ധപ്പെടുത്തി ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ എത്രപേരെ നിങ്ങൾ ബന്ധപ്പെടുത്തി എത്രപേരെ ഈ പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കുമായിട്ട് ബന്ധപ്പെടുത്തി എത്രപേരെ ഈ നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബന്ധപ്പെടുത്തി എത്ര പേരെ രാജാധിരാജൻ മടങ്ങി വരുന്നത് ആ ദിവസം കാത്തിരിപ്പാൻ വേണ്ടി ബന്ധപ്പെടുത്തി ഞാൻ കാത്തിരിക്കണം ഞാൻ മറ്റുള്ളവരെ ബന്ധപ്പെടുത്തണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം നിങ്ങളുടെ ജോലിയോടുകൂടെ തന്നെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ സംസാര രീതി കൊണ്ട് നിങ്ങളുടെ പെരുമാറ്റ രീതി കൊണ്ട് നിങ്ങളുടെ ഇടപാടുകൾ കൊണ്ട് നിങ്ങളുടെ പണമിടപാടുകൾ കൊണ്ട് പണത്തിന്റെ കാര്യത്തിലുള്ള വിശ്വസ്ഥത കൊണ്ട് നിങ്ങളുടെ സത്യസന്ധത കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചില നിഷ്ഠകൾ കൊണ്ട് വിശുദ്ധിയുണ്ട് മനസ്സറിഞ്ഞ് അഴുക്കായൊരു കാര്യം ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട് സ്ത്രോത്രം നിങ്ങൾക്ക് സമൂഹത്തിൽ ചലനമുളവാക്കാം സമൂഹത്തിൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ടാക്കാം സ്ത്രോത്രം ദൈവത്തിന് സ്തോത്രം സാധിക്കും വേറെ ആരോക്കെഴുന്നപ്പിക്കണമെന്നുണ്ട് സമയം പോകുമല്ലോ ഈ ഫൈവ് ക്ലാസ്സിന് സമയം പോകുമല്ലോ ഇനിയും അവസരം കിട്ടുമ്പോൾ എഴുന്നേൽപ്പിക്കാം ദൈവത്തിന് സ്തോത്രം വേറൊന്നു ചോദിച്ചോട്ടെ ഈ ഹൈ റേഞ്ചസിൽ നിന്ന് വന്നിരിക്കുന്ന ദൈവമക്കൾ സ്ത്രീകളും പുരുഷന്മാരും എഴുന്നേറ്റ് നിൽക്കാമോ ഹൈറേഞ്ചസ് ഹൈറേഞ്ചസിൽ നിന്ന് വന്ന സ്ത്രീകൾ എവിടെ എല്ലാവരും കാണട്ടെ എന്റെ ദൈവമേ സ്തോത്രം മലമുടക്കുകളുടെ അപ്പുറം താമസിക്കുന്ന ഈ പാവപ്പെട്ട ദൈവമക്കൾ അവര് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് തീരുമാനം എടുത്തവരാണ് കുറെ കാലം ഹൈറേഞ്ചസ് ഒന്ന് മങ്ങിക്കിടക്കുകയായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം ഇനി അവിടെ ഉണരണം നിങ്ങൾ ഉണരണം നിങ്ങൾ ചൈതന്യം പ്രാപിക്കണം നിങ്ങൾ ജീവനുള്ള ക്രിസ്തുവിനെ നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം നിങ്ങൾ അനേകരെ ബദ്ധപ്പെടുത്തണം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞതെല്ലാം നിങ്ങൾ മായച്ച് കളയണം കഴിഞ്ഞതെല്ലാം നിങ്ങൾ മറന്നു കളയണം കഴിഞ്ഞതെല്ലാം നിങ്ങൾ വിട്ടുകളയണം ഒരു പുതിയ സ്റ്റെപ്പായിരിക്കണം ഈ നിമിഷം മുതൽ സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ ഇരിക്കുക വയനാട് നിലമ്പൂർ മേഖലയിൽ നിന്ന് വന്നവരെല്ലാവരും വയനാട് മലബാറിന്റെ സൌത്ത് മലബാറിന്റെ നോർത്ത് മലബാർ ദീർഘദൂരം യാത്ര ചെയ്ത് വന്നവര് ദൈവത്തിന്റെ സ്തോത്രം ഇത്രയേറെ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹുത്വപ്പെട്ട് വയനാട് പുൽത്തമ്പത്തേരി പുൽപ്പള്ളി മീനങ്ങാടി മാനന്തവാടി എന്നിങ്ങനെയുള്ളതായ ആ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ അതുപോലെ തന്നെ നിലമ്പൂര് മേലാറ്റൂര് പുളിയങ്കോട് പാലക്കാട് മുതുകുശി എന്നിങ്ങനെയുള്ള ആ മലബാർ സൌത്ത് മലബാർ മേഖലയിൽ നിന്ന് വന്നിട്ട് പാലക്കാട് ഉൾപ്പെടെ മണ്ണാർക്കാട് മുതലായ സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളവർ ധാരാളം നിലമ്പൂര് നിലമ്പൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം പേര് വന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ പുതിയ ചൈതന്യം പ്രാപിക്കുക പുതിയ ജീവം പ്രാപിക്കുക പുതിയ കരുത്ത് പ്രാപിക്കുക പുതിയ ബലം പ്രാപിച്ചുകൊണ്ട് പോകുക ദൈവത്തിന് സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ ഇരിക്കുക ദൈവത്തിന് സ്തോത്രം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് കൂത്താട്ടുകളം മുതല് തെക്കോട്ട് കൂത്താട്ടുകളും വേണ്ട കോത്താട്ടുളം മുതൽ തെക്കോട്ട് കോട്ടയം പിന്നെ ഏറ്റുമല്ലൂർ അങ്ങനെയുള്ള പ്രദേശങ്ങൾ തിരുവല്ല പത്തനംതിട്ട പിന്നെ അടൂര് ചന്ദനപ്പള്ളിയിലെ ഡോക്ടറൊക്കെ ഇരിക്കുന്നു ഞാൻ കാണുന്നുണ്ട് അങ്ങനെ കല്ലുശ്ശേരി അതുപോലെ ചെങ്ങന്നൂര് ഇവിടെയെല്ലാം നമ്മുടെ സെന്റേഴ്സ് ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ ആ പ്രദേശത്ത് നിന്ന് വന്നതായ ആളുകൾ കൊട്ടാരക്കര അങ്ങനെ ആ ഭാഗത്തു വന്ന ആളുകൾ ധാരാളം പേരുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ട് ബേബിസാറൊക്കെ വന്നിട്ടുണ്ട് ബഹബിസാറൊക്കെ എങ്ങോട്ട് കേറിയിരിക്കുകയായിരുന്നല്ലോ പ്ലീസ് കൗൺ കവൺ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം കൊള്ളാം ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ നാട്ടിലെല്ലാം ബദ്ധപ്പെടുത്താൻ നിങ്ങൾ നിത്സാഹിക്കണം ബെധപ്പെടുത്താൻ ബദ്ധപ്പെടുത്താൻ നിങ്ങൾ ഉത്സാഹിക്കണം നിങ്ങളോ ഒരുങ്ങണം പോരാ നിങ്ങളുടെ വേല ശക്തമാക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം നിങ്ങൾ ഉണർന്നാൽ ഞങ്ങൾ അവിടെയെല്ലാം ഞങ്ങൾ ഓടി വരാം ഞങ്ങളാൽ കഴിവുള്ളതുപോലെ ഞങ്ങളവിടെ വന്ന വേദനം വിതയ്ക്കാൻ ഞങ്ങൾ ഞങ്ങൾ തയ്യാറായി ഞങ്ങൾ ഒരുക്കത്തോടെ വരാം നിങ്ങൾ ഇനിയും ഒരുങ്ങണം നിങ്ങൾ ഒരുങ്ങണം നിങ്ങൾ അനേകരെ ഒരുക്കാൻ നിങ്ങളുടെ ഹൃദയം ദാഹിക്കണം ബന്ധപ്പെടുത്തണം യോദന സ്തോതയോ അനുഗ്രഹിക്കട്ടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അതുപോലെ ഗൾഫ് മേഖലയിൽ നിന്ന് ഇപ്പോൾ ജോസഫിവിടെ ചെങ്ങന്നൂരിന്നോളന്നിപ്പോൾ എഴുന്നേറ്റെങ്കിലും ജോസിന് എഴുന്നേക്കാം കാരണം ദുബായ് അലൈൻ പിന്നെ അവിടെ റാസൽ ഖൈമ ബഹ്റിൻ പിന്നെ അബുദാബി ഷാർജ സൌദി അറേബ്യ മസ്കറ്റ് ഖത്തർ അറ്റ്സെട്ര വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതായ ആളുകൾ ആരൊക്കെയുണ്ട് ഒന്ന് ഒന്ന് ദൈവത്തിന് സ്തോതനം ഈ യോഗത്തിന് വേണ്ടി തന്നെ അവര് കടൽ കിടന്ന് വന്നിരിക്കുകയാണ് കടലക്കരെ നിന്ന് ഈ യോഗത്തിന് വേണ്ടി തന്നെ വചനം കേൾക്കാൻ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കാനായിട്ട് അക്കുവൈറ്റ് രാജനക്കടവൈറ്റ് നടത്തുക അക്കുവൈറ്റ് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടൽ കടന്ന് നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ദേശങ്ങളിൽ നിങ്ങൾ അതാത് സ്ഥലത്ത് നിന്ന് ശക്തമായി നിങ്ങൾ വേലയ്യുകകത്താൻ വേണ്ടി നിങ്ങൾ വേലയ്യുക ആദ്യം നിങ്ങൾ ഒരുങ്ങുക നിങ്ങൾ കാത്തിരിക്കുന്നവരാകുക നിങ്ങൾ അനേകരെ ബന്ധപ്പെടുത്താൻ നിങ്ങളലാവത് ചെയ്യുക ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ലേഡീസ് കുറവാണ് തോന്നുന്നു ഇരിക്കണം ഇരിക്കണം സ്തോത്രം ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവര് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവര് ആരൊക്കെയുണ്ട് ഷൈജനുണ്ട് പിന്നെ രാജുണ്ട് സന്തോഷുണ്ട് ബിനുണ്ട് അജു ഉണ്ട് പിന്നെ ദൈവത്തിന് സ്തോത്രം ലേഡീസ് മുഖം തിരിയാൻ പറ്റുന്നില്ല മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ല ക്ഷമിക്കണം ആ ജിഷ ഓക്കേ പിന്നെ ദൈവത്തിന് സ്തോത്രം കൊള്ളാവണം ഈ ഇംഗ്ലണ്ടിൽ നിന്ന് ഇത്രയും ദൂരെ നിന്ന് ഇത്രയും ദൂരെ നിന്ന് എത്ര എത്ര എത്ര മണിക്കൂർ വിമാനത്തിലിരുന്നാലാണ് വന്നല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഇനിയും വൻവേല ചെയ്യാനുണ്ട് ഞാൻ സന്തോഷത്തോടെ പറയുന്നു അവിടെ ഒരു ചലനം ഉണ്ടായിട്ടുണ്ട് ഒരു ചലനം നടക്കുന്നുണ്ട് ദൈവോദിന സ്തോത്രം ഞാന് കൃത്യമായി പറയാം ഷൈജനോട് ചെന്നതിന് ശേഷമാണ് ഈ വലിയ ചലനം അവിടെ ഉണ്ടായത് ദൈവോദിന സ്തോത്രം അവിടെ ആരെങ്കിലും ഉണർന്നു വന്നാൽ അവരെ കെടുത്താൻ നോക്കുന്ന കൂട്ടായ്മക്കാരുണ്ട് അതാണ് ബിനു പറഞ്ഞത് കൂട്ടായ്മക്കാര് ആരെങ്കിലും ഉണർന്നു വന്നാൽ പാവപ്പെട്ട വിശ്വാസികളെ കെടുത്തി കളയാൻ നോക്കുന്ന സുവിശേഷ താൽപര്യം ഉണ്ടെന്ന് ആളുകളുണ്ട് ആ കിണിയിൽ ഒന്നും വീഴാതെ നിങ്ങൾ നിന്നത് നന്നായി ദൈവത്തിന് സ്തോത്രം ശക്തിയോടെ നിൽക്കുക ദൈവത്തിന്റെ കൃവിയിൽ നിൽക്കുക ദൈവത്തിന്റെ കൃവിയിൽ നിങ്ങൾ വളരുക നിങ്ങൾ ഇനിയും ഇനിയും പ്രവർത്തിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ സ്കൈപ്പ് വഴിയായിട്ട് നമുക്ക് വിവിധ സ്ഥലങ്ങളിലെ ഈ വേല അവിടെ എല്ലാം എത്തുന്നതിന് പ്രവർത്തിക്കുന്നത് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഷൈജനാണ് ഷൈജന്റെ ഉത്സാഹം കൊണ്ടാണ് ഇതെല്ലാം ഇപ്പോൾ സാധിച്ചത് അതിനുവേണ്ടിയുള്ളതായ പൈസ മുടക്കിയത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ദൈവമക്കളാണ് അതിനുവേണ്ടിയുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്തത് ദൈവമക്കളാണ് ദൈവത്തിന്റെ സ്തോത്രം എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ സഹകരിച്ചും സഹായിച്ചു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണിപ്പോൾ ഇംഗ്ലണ്ടിലെ കൂട്ടായ്മ ദൈവത്തിന് സ്തോത്രം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേൽക്കുമേൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ഇരിക്കണം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തുപെടട്ടെ ദൈവത്തിന് സ്തോത്രം എന്റെ കർത്താവിന് സ്തോത്രം സ്ത്രോത്രം സ്ത്രോ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഒരു ലേഡി എനിക്കൊരു ചെക്ക് അയച്ചല്ലോ എവിടെയാ എവിടെയാ കണ്ടില്ലല്ലോ ആ അങ്ങനെ പറയില്ല ദൈവത്തിന് സ്തോത്രം ഞാന് ആ ചെക്ക് അത് മാറാൻ പറ്റില്ല കാരണം ഈ വിദേശത്തു നിന്നുള്ള ചെക്കുകൾ നാം കൈക്കൊള്ളുന്നില്ല സ്വീകരിക്കുന്നില്ല നമുക്ക് വിദേശത്തു പൈസ സ്വീകരിക്കാനുള്ള പദ്ധതിയില്ല അത് ഇൻകം നമുക്ക് റിട്ടേൺസ് കൊടുക്കുന്നതാണ് ഇൻകം ടാക്സിൽ അങ്ങനെയുള്ളതായ ആദായ നികുതി വകുപ്പിൽ സർക്കാരിലേക്ക് കണക്ക് കൊടുക്കുന്നതിൽ നമ്മൾ അതിനുള്ളതായ ഒരു എക്സംഷൻ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് വിദേശത്തു ചെക്കുകൾ വാങ്ങാൻ നിർവാഹമില്ല ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷെ ആ സഹോദരി വിളിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി അത് ആ ചെക്ക് മടക്കിത്തരാനായിട്ട് വെച്ചിരിക്കുകയാണ് മുമ്പ് അമേരിക്കയിൽ നിന്ന് അയച്ച ഒന്ന് രണ്ടര ചെക്കുകൾ മടക്കി കൊടുക്കുകയും മറ്റും ചെയ്യുകയുണ്ടായി മടക്കി കൊടുത്തില്ല അത് വേണ്ട കീറിക്കളഞ്ഞേക്കാൻ പറഞ്ഞു അത് അതുപോലെ കീറിക്കളയുകയുണ്ടായി എന്നാൽ ഇത് ഇംഗ്ലണ്ടിൽ നിന്നുള്ളതും അതുപോലെ വിദേശ ചെക്കുകൾ വാങ്ങുന്നില്ല എന്ന് ഞാൻ പ്രത്യേകം പറയുകയുണ്ടായി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ രൂപ ഇടുന്ന ഇന്ത്യൻ ബാങ്കുകളിൽ ഏതെങ്കിലും രൂപ ഇട്ടിട്ട് ഒരു ക്രോസ്ഡ് ചെക്ക് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ പേരിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് എന്ന് ഞാൻ ആ സഹോദരിയോട് പറയുകയുണ്ടായി ഞാനത് എന്റെ മേശപ്പുറത്ത് ഇപ്പോഴും അവിടെയടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ ഈയിടെ വേറൊരു ചെക്ക് കൂടി വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്നാണ് തോന്നുന്നു ഒരു നൂറ് ഡോളറിന്റെ ചെക്ക് വന്നിട്ടുണ്ട് അതും തിരിച്ചയക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ മറക്കാതെ ഇപ്പം പെട്ടെന്ന് ഓർത്ത് പറയുകയാണ് ബേബി പോകുമ്പോൾ അതൊന്ന് തിരിച്ച് കൊണ്ടുപോകണം ബേബി അത് തിരിച്ച് കൊടുക്കണം ദൈവത്തിന്റെ സ്തോത്രം അമേരിക്കയിൽ നിന്ന് ബേബിയും കുടുംബവും മാത്രമാ അല്ല ലൈലയും വന്നിട്ടുണ്ട് അവർന്ന് എഴുതിയിട്ടിരുന്നേ ബേബി പിന്നെ ബേബിയുടെ ഭാര്യ റോസമ്മ പിന്നെ പിന്നെ ലൈല ലൈല എവിടെയാ ലൈല ആ ഓക്കേ ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് ബോസ്റ്റണിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചിരുന്നു ഫോണിൽ കൂടെ സംസാരിച്ചു ദൈവത്തിന് സ്തോത്രം ന്യൂയോർക്കിലാണ് ബേബിയും ഭാര്യയും കുടുംബമായിട്ട് നമ്മുടെ ശക്തമായൊരു കൂട്ടായ്മയുള്ളത് ന്യൂയോർക്കിലാണ് പിന്നെ ഫിലിഡൽഹിയായി ഒരു കൂട്ടായ്മയുണ്ട് ബോസ്റ്റണില് ലൈലയും ചെറിയ ഗ്രൂപ്പും അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ഇനി പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും അല്ലാത്തതായ നമ്മുടെ ദേശത്തുള്ള എന്ന് വെച്ചാൽ ചുറ്റുപാട് പണ്ടപ്പിള്ളി മൂവാറ്റുപുഴ പൈങ്ങോട്ടൂര് പോത്താനിക്കാട് കോതമംഗലം ചേലാട് പൊന്ന പൊന്നേക്കാട് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറ്റ്യാഞ്ചാൽ മുതലായ ആ മേഖല എഴുന്നേൽക്കണ്ട ഇങ്ങനെ അതുപോലെ ഇവിടെ ഈ പ്രദേശങ്ങൾ കുമ്മനോട് വെങ്ങോല അതുപോലെ തന്നെ ആരക്കുന്നം എടക്കാട്ടുവയൽ മുളന്തുരുത്തി എറണാകുളം ഇങ്ങനെയുള്ള ഇങ്ങനെ ഈ മറ്റ് പ്രദേശങ്ങളിൽ അതിൽ കുറ്റ്യാഞ്ചാൽ ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരെ എല്ലാവരും എഴുന്നേറ്റി ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാവവും ബഹുദ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എല്ലായിടത്തുമായിട്ട് പ്രത്യേകിച്ചും ഈ നാടുകൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന നാടുകളിൽ നിന്ന് ധാരാളം പേര് വന്നിട്ടുണ്ട് ദൈവം കൂടുതൽ കൂടുതലായി നിങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും നന്മകളും പ്രദാനം ചെയ്യട്ടെ നിങ്ങളുടെ ബാധകളെ കർത്താവും മാറ്റട്ടെ വലിയൊരു സമർപ്പണത്തേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ വലിയ തീരുമാനത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ പുതിയ പ്രതിഷ്ഠയോടും പുതിയ സമർപ്പണത്തോടുകൂടി പ്രാവശ്യം തിരികെ പോകാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹുത്വപ്പെടട്ടെ സ്തോത്രം ഇരിക്കുക എന്റെ ദൈവത്തിന് സ്തോത്രം കുറ്റിയഞ്ചാൽ കുട്ടമ്പുഴ ആ അതായത് പെരിയാറിന്റെ അപ്പുറമുള്ള ആ ഭാഗത്തുനിന്ന് വന്ന ആളുകൾ അവർ എഴുന്നേൽക്കാം ദൈവത്തിന് സ്തോത്രം കുറ്റിയഞ്ചാൽ കുട്ടമ്പുഴ മണികൊണ്ടചാല് ആകോലിച്ചാല് പിന്നെ പിന്നെ പിന്നെ നേരിയെങ്കിലും കൂടി കൂടെ ആകട്ടെ ദൈവത്തിന് സ്തോത്രണം അങ്ങനെ ആ ഭാഗം അവിടെ നിന്ന് ഇത്രയും പേരൊന്നും പോരാ ഇത്രയും പേരൊന്നും പോരാ നിങ്ങളുടെ ദേശത്ത് നിന്ന് ഒരു സമയത്ത് നല്ല ഉണർത്തപ്പെട്ട സ്ഥലമായിരുന്നല്ലോ അവിടെ നിന്ന് ഇത്രയും പേര് പോരാ നിങ്ങൾ കൂടുതൽ പേരെ ഇനി ഉത്സാഹിക്കണം നിങ്ങൾ അത്യുത്സാഹത്തോടെ വേല ചെയ്യണം ഇനിയും നിങ്ങൾ വേല ചെയ്ത് അനേകം പേരെ ദൈവത്തിന സ്തോത്രം എനിക്കറിയാം ഇന്ന് ഇന്ന് വൈകുന്നേരം മുതൽ വരാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ടെന്ന് എനിക്കറിയാം അത് ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് വൈകുന്നേരം ചിലരെ മടങ്ങിപ്പോയിട്ട് വീടുകളിൽ പിന്നെ നാളെയും നാളെ കഴിഞ്ഞുള്ള യോഗങ്ങൾക്ക് വേണ്ടി വരാനിരിക്കുന്നവരുണ്ട് വീട് പൂട്ടിയിട്ട് പോരാൻ പറ്റാത്തവർ ദൈവത്തിന സ്തോത്രം പ്രത്യേകം നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങൾ ദൈവം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കുറ്റിയാഞ്ചാൽ കുട്ടമ്പുഴ ദേശത്തുള്ള ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കഴിയുന്ന ആളുകളാണ് നിങ്ങൾ കർത്താവിനെ മുറുകെ പിടിക്കുക കർത്താവിനോട് ചേർന്ന് നിൽക്കുക ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇരിക്കുക എന്റെ കർത്താവിന്റെ വലിയ നാമമുഹത്തപ്പെടെ ഇനിയിപ്പോ നമ്മൾ ഏതെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളുണ്ടോ ചാലക്കുടി ഇല്ലേ ചാലക്കുടി കമോൺ പ്ലീസ് ചാലക്കുടിയിൽ നിന്നൊരാൾ വന്നിട്ടുണ്ട് ആ അവരൊരു കുടുംബമായിട്ട് വന്നിട്ടുണ്ട് നന്നായി ദൈവത്തിന്റെ സ്തോത്രം അതുപോലെ തൃശ്ശൂര് മേഖല തൃശ്ശൂര് കുന്നങ്ങളും കുന്നങ്ങളും തൃശ്ശൂർ മേഖല പറഞ്ഞില്ലല്ലോ കുന്നങ്ങളും കോഴിക്കോട് കണ്ണൂര് കണ്ണൂര് വടക്കാഞ്ചേരി ആ രാജു എന്തി രാജു ആ കണ്ണൂര് വടക്കാഞ്ചേരി പാലക്കാട് ആദ്യം പറഞ്ഞു സാരമില്ല പാലക്കാട് എന്നുള്ളവരുണ്ട് എഴുന്നേക്കാം കുന്നംകുളം കുന്നംകുളം കുന്നം പഴഞ്ഞി ദൈവത്തിന്റെ സ്തോത്രം ജോയ് ജോൺ കോഴിക്കോടിന്റെ ആളാണോ ഇപ്പോൾ ചവറയുടെ ആളാണ് ജോയ് ജോൺ കോഴിക്കോടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ബോംബെയിലായിരുന്നു ഇപ്പോൾ ചവറയിലേക്ക് മാറിയിരിക്കുകയാണ് ബാങ്ക് മാനേജറാണ് ദൈവത്തിന് സ്തോത്രം കൊള്ളാം ദൈവത്തിന് നിങ്ങൾ ഇരിക്കുക ഇരിക്കുക നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങൾ കൃപയിൽ വളരുക നിങ്ങൾ അധ്വാനിക്കുക ദേശത്തെല്ലാം അനുഗ്രഹീതമായ യോഗങ്ങൾ ഇനിയും ഇനിയും നടക്കട്ടെ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ എല്ലാവരെയെന്ന് പറഞ്ഞപ്പോഴും പലരും അതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരും പറയാത്തത് ക്ഷമിക്കണം സമയം പോകുന്നല്ലോ സമയം കുറേ പോകുന്നല്ലോ ദൈവത്തിന് സ്തോത്രം നാം പറഞ്ഞു വന്ന എന്താണ് ഈ പുറകോട്ട് നോക്കാനിട മുന്നോട്ട് ഓടുക പിറകോട്ട് നോക്കരുത് പിറകോട്ട് നോക്കരുത് ഒരു കാര്യം നിങ്ങൾ ഉറച്ചുകൊള്ളുകൂ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാലം ശരിയായ പാതയിൽ തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഇന്ന് എന്റെ അറിയിൽപ്പെട്ടിടത്തോളം പരിമിതമായ അറിവേ ഉള്ളൂ എങ്കിലും എന്റെ അറിവിൽപ്പെട്ടിടത്തോളം സമ്പൂർണ്ണ സത്യമായൊരു നമ്മുടെ കൂട്ടായ്മ ഇതുപോലൊരു കൂട്ടായ്മ ലോകത്തും മറ്റിടത്തും ഇന്ന് ഉള്ളതായിട്ട് എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല അറിയാൻ പാടില്ല ഇല്ല പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല പക്ഷേ നൂറ് ശതമാനം ശുദ്ധോദ്ദേശത്തോട് നടക്കുന്നൊരു കൂട്ടായ്മ സ്വന്തമായ സ്വത്തില്ല സ്വന്തമായില്ല സ്വന്തമായേതെങ്കിലൊരു സഭയില്ല സ്വന്തമായതെങ്കിലും സ്ഥാനമില്ല ഒരു സ്വതന്ത്ര സഭയുണ്ടാക്കാൻ പരിപാടിയില്ല സ്തോത്രം ഒത്തിരി ആളുകൾക്കുണ്ടല്ലൊരു സഭയായാലെന്താ എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തിച്ചാ ചെറിയ ആളുകളുണ്ട് എനിക്കങ്ങനെയുള്ള ഉപദേശം തന്ന ആളുകളുണ്ട് പലരും സാറേ എന്തിനാ ഈ സഭകളിൽ നിന്നുള്ള ഈ ചവിട്ടും തൊഴിയേറ്റം ഇങ്ങനെ നിൽക്കുന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് എന്തിനാ സാറിന് ധൈര്യമായിട്ട് നിക്കരുതോ ഒരു സ്വതന്ത്ര സഭയായിട്ട് മാറരുതോ എന്നൊക്കെ എന്നോട് പറഞ്ഞവരുണ്ട് നെവർ വില്ലൈ ഡു ഒരിക്കലും ഉണ്ടാവില്ല എന്റെ ആയുസിലുണ്ടാവില്ല സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം ഇപ്പൊ ഇൻഡിപെൻഡന്റ് ചർച്ചസ് ഇങ്ങനെ കൂടി കൂടി വരികയല്ലോ ഇൻഡിപെൻഡന്റ് ചർച്ചസ് അങ്ങനെ പരിപാടി അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇവിടെ ചവിട്ടും തൊഴിയും കൊണ്ട് നിൽക്കുന്നിടത്ത് നിൽക്കുക തന്നെ ചവിട്ടും തൊഴിയും അവർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ കിട്ടും അതൊക്കെ കൊണ്ടോണ്ട് നിൽക്കുക എല്ലാം കൊണ്ട് അതെല്ലാം തൂത്തു കളഞ്ഞുകൊണ്ട് നിൽക്കുക അത്ര തന്നെ എന്റെ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഖത്ത് പോയിട്ട് വഴക്കില്ല തൊഴിച്ചവരോട് പിണക്കമില്ല അവരോട് തിരിച്ചൊരു വാക്കില്ല തിരിച്ചൊരു വിശദീകരണമില്ല ഒന്നുമില്ല എല്ലാം എല്ലാം എല്ലാം അറിയുന്നവന്റെ കരങ്ങളിൽ ഫലവേൽപ്പിച്ചുകൊണ്ട് അവന്റെ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങി എന്ന് മാത്രം സ്തോത്രം കാലമെല്ലാം കഴിയൂ ഇന്നു കാൺവതെല്ലാം വഴിയോ കാലെല്ലാം കഴിയൂ ഇന്നു കാൺവഴിയോ പിന്നെ പൂജയു കല്ലോ ഈ ഉറച്ചു പാടണമല്ലോ എല്ലാവരും ചേർന്ന് പാടണമല്ലോ എല്ലാവരും ചേർന്ന് ഒരു ചലനമുണ്ടാകട്ടെ പന്തലിൽ കാലമെല്ലാം കഴിയും ും ഇന്ന് പിന്നെ പൊതുയോഗം വീരം തിരികേ വരായ നിത്യങ്ങളെ മറിയും പിന്നെ പൊതുയോഗം വീരം തിരികെ ദൈവത്തിന് സ്തോത്രം ഇവളിപ്പോഴും ഇരുപത്തിരണ്ടാം അധ്യായം ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം ഇരുപത്തിരണ്ടാം അധ്യായം ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വീധിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളിങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു കുഞ്ഞാട് ഒരു വാക് ഒരു പ്രാവശ്യം കൂടി വായിക്കാം വീധിയുടെ നടുവിൽ വീധിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു വീധിയുടെ നടുവിൽ ജീവജല നദി പുതിയ പുതിയ ഭൂമിയുടെയും വർണ്ണനയാണ് വെളിപ്പാട് ദിവസം ഇരുപത്തിയൊന്നാം അധ്യായവും ഇരുപത്തിരണ്ടാം അധ്യായവുമാണ് പുതിയ വാനഭൂമിയുടെ വർണ്ണനം പുതിയ ആകാശം പുതിയ ഭൂമിയും ഇന്ന് കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും ഇന്നിവിടെയുള്ളതെല്ലാം കത്തിപ്പോകും എല്ലാം നശിച്ചുപോകും ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയുണ്ടാകും ഇരുപത്തൊന്നാമധ്യായി തുടങ്ങുന്നതു തന്നെ ഞാൻ പുതിയ ആകാശ പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തേത് കഴിഞ്ഞു പോയി ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും തീർന്നുപോയി പിന്നെ അതിനെ കണ്ടില്ല പുതിയൊരാകാശം പുതിയൊരു ഭൂമി എന്താണിത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒന്നറിയാം അവിടെ കുഞ്ഞാടുണ്ട് അവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനമുണ്ട് അവിടെ ജീവജല നദിയുണ്ട് അവിടെ ജീവവൃക്ഷമുണ്ട് ജീവവൃക്ഷം പണ്ട് ഉണ്ടായിരുന്നു ജീവന്റെ വൃക്ഷം ഏതെങ്കിലും ഉണ്ടായിരുന്നു ജീവന്റെ വൃക്ഷത്തിന്റെ അടുത്ത് തന്നെ നന്മന്മകളുടെ അറിവിന്റെ വൃക്ഷം ഉണ്ടായിരുന്നു ഏതെന്തോട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം വെളിപ്പാട് ദിവസത്തെ ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടും തമ്മിൽ നല്ല സാമാ നല്ല സമാനതയുണ്ട് സാദൃശ്യമുണ്ട് ഉൽപത്തിരണ്ടാം ഉൽപത്തി രണ്ടാം അധ്യായം ഏതെന്തോട്ടെ കുറിച്ചുള്ള വർണ്ണനയാണ് ഒന്നാം ഏതൻ ഏതൻ പറദീസ പ്രദീസ എന്ന വാക്കിന് തോട്ടമെന്നേ അർത്ഥമുള്ളൂ ഏതൻ പറദീസ ഏതൻ തോട്ടം അവിടെ ജീവന്റെ വൃക്ഷമുണ്ടായിരുന്നു അവിടെ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷമുണ്ടായിരുന്നു ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ജീവന്റെ വൃക്ഷം മാത്രമേ കാണുന്നുള്ളൂ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം കാണുന്നില്ല അവിടെ ജീവന്റെ വൃക്ഷമുണ്ട് ആ ജീവവൃക്ഷത്തിന്റെ എല്ലാ രോഗശാന്തിക്ക് ഉതകും ആ ജീവ നദിക്കരയിലാണ് ജീവവൃക്ഷം നിൽക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചില ആശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു ഉൽപ്പത്തിയ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യം ആകുമ്പോഴേക്കും ഏതെന്തോട്ടത്തിന് കാവൽ കാത്തുകൊണ്ട് മാലാഘമാനം നിൽക്കുന്നത് പറയുന്നു നമുക്ക് നോക്കാം വായിക്കാം അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവിയായ ദൈവം അവനെ ഏതെന്തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവം അത് അവനെ നിന്ന് പുറത്താക്കി ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവന്റെ വൃക്ഷത്തിന്റെ വഴി കാപ്പാൻ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ അവൻ ഏതെന്തോട്ടത്തിന് കിഴക്ക് കെരൂവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി കെരൂവുകളെ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ക്രോബകൾക്ക് ആവൽ നിൽക്കുകയാണ് ക്രോബേമാലാഘമാർക്ക് ആവൽ നിൽക്കുകയാണ് ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ആരും അങ്ങോട്ട് കടക്കരുത് ഇനി ആരും അങ്ങോട്ട് പ്രവേശിക്കരുത് പ്രിയപ്പെട്ടവരെ ആ ജീവർഷത്തിലേക്കുള്ള വഴി ഒരു പുതിയ വഴി കർത്താവായത്തിലേക്കുള്ള വഴി യേശു ക്രിസ്തു ഗോകുൽത്തായിൽ തുറന്നു കാൽവറി ക്രൂസിലെ മരണം മൂലം യേശു പുതിയ വഴി പ്രതിഷ്ഠിച്ചു നമുക്കവൻ പ്രതിഷ്ഠിച്ച പുതുവഴി എന്ന് ഇബ്രാഹിലഹിന്റെ പത്താം തിയായിൽ പറയും നോഭാഗം വഹിക്കാം അതുകൊണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ തിരശീലയിൽ കൂടി യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി ജീവനുള്ള പുതുവഴി സൃഷ്ടിച്ചു ജീവനുള്ള പുതിയ വഴി സൃഷ്ടിച്ചു സ്തോത്രം എതിരെയാണ് ആ വഴി സൃഷ്ടിച്ചത് തന്റെ ദേഹം ചീന്തി സ്തോത്രം തന്റെ ദേഹമന്ത്രിശീല ചീന്തിയിട്ട് ആ ദേഹം തെരശീല ഒരു പുതിയ വഴി അങ്ങോട്ട് തുറന്നു തന്റെ ചങ്കിലേക്കൊരു വഴിയുറന്നു ഈ ക്രിസ്തുവിന്റെ ഹൃദയം തന്നെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം തുടിക്കുന്ന ഹൃദയം തന്നെയാണ് ഈ സ്വർഗീയ പ്രതീസ ഈ പുതിയ വാനഭൂ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഹൃദയം തന്നെയാണ് പ്രതീകാത്മകമായി പ്രതിരൂപാത്മകമായി സിംബോളിക്കായി ഈ കാര്യങ്ങൾ നാം ജീവവൃക്ഷമെന്നും ജീവജല അതിയെന്നും എല്ലാം നാം വായിക്കുകയും നാം ഗ്രഹിക്കുകയും ചെയ്യുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി ക്രിസ്തു തന്നെയാണ് ജീവവൃക്ഷം ക്രിസ്തു തന്നെയാണ് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി ഞാൻ വാതിലാകുന്നു എല്ലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് യോഹൻ ഞാൻ പത്തിൽ പറഞ്ഞു ഞാൻ വാതിലാകുന്നു എല്ലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും സ്നേഹിതരെ നിങ്ങൾ സംശയിക്കേണ്ട ക്രിസ്തു എന്ന ആ ഒരേ വാതിൽ കൂടിയല്ലാതെ വേറെ രക്ഷയില്ല വേറൊരു വഴിയില്ല ഏതെല്ലാം വഴിയിൽ കൂടി ചെന്നാലും ഈ ഒരു ജംഗ്ഷനിലെത്തി ഈ വഴിയിലേക്ക് തിരിയാതെ രക്ഷപ്പെടുകയില്ല പല പല വഴികൾ മനുഷ്യൻ നോക്കുന്നുണ്ട് മോക്ഷം പ്രാപിക്കാൻ തപസനുഷ്ഠിക്കുന്നവരുണ്ട് മോക്ഷം പ്രാപിക്കാൻ പൂജകൾ നടത്തുന്നവരുണ്ട് എന്താണ് പണ്ടത്തെ മഹർഷീന്ദ്രന്മാര് അവര് പ്രഭാതയാമത്തിലെ അവരുടെ യാമപ്രാർത്ഥനയിൽ അവര് സ്നാനത്തിന് ചൊല്ലുമ്പോൾ സ്നാനത്തിന് ഒൻപത് പ്രാർത്ഥന ചൊല്ലും പ്രാതസ്നാനമന്ത്രമെന്നാണതിന്റെ പേര് പണ്ടത്തെ മഹാമുനിമാര് ഹൈന്ദവ മഹർഷിമാര് അവര് പാടും എന്താ പാടുന്നത് മന്ത്രം ചൊല്ലുകയാണ് പാവോഹം പാപകർമോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞേശ്വരോഹരി എന്താണത് പാടുന്നത് സർവേശ്വര പാഹി മാം മാം പാഹി എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ജഗതീശ്വരനായ ദൈവത്തോടൊരു പ്രാർത്ഥിക്കുകയാണ് മാം പാഹി എന്നെ രക്ഷിക്കണേ അതെന്താണ് പാവോഹം ഞാൻ പാവിയണഹം പാപ ഞാൻ പാവിയാണ് പാപകർമോഹം ഞാൻ പാപ പ്രവൃത്തി ചെയ്യുന്നവനാണ് പാവാത്മാ എന്റെ സ്വഭാവം മുഴുവൻ പാപമാണ് പാപസംഭവ ഞാൻ ജനിച്ചത് സംഭവിച്ചത് പാപത്തിലാണ് സംഭവ ജനിക്കുന്നത് പാവാത്മാ പാവസംഭവം മാം ത്രാഹി മാം പാഹി എന്നെ രക്ഷിക്കണം ത്രാഹിത്രം ചെയ്യുക എന്നെ രക്ഷിക്കണമേ സ്തോത്രം പാവോഹം പാപകർമോഹം പാവാത്മാ പാവ സംഭവ ത്രാഹിമാം പുണ്ഡരീ കാക്ഷ സർവ്വ യജ്ഞേശ്വരോഹരി എന്റെ ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പണ്ട് ഞാന് ഇതെല്ലാം ഈ ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും മറ്റും പണ്ട് പഠിച്ച കാലത്ത് ഇതെല്ലാം കുറെയെല്ലാം പഠിച്ചു ദൈവത്തിന സ്തോത്രം മുഴുവനൊന്നും പഠിച്ചില്ല അവിടെ ചിലതൊക്കെ പഠിച്ചു നല്ലതായിട്ട് തോന്നുന്നതെല്ലാം കാണാൻ പഠിക്കാൻ ശ്രമിച്ചു പറയട്ടെ സഹോദരങ്ങളെ ഓരോ മഹർഷീന്ദ്രന്മാരും പ്രകടമായ ലോകകാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി തപോവനങ്ങളിൽ താപസവൃത്തിയിലേൽപ്പെട്ട യതീന്ദ്രന്മാർ മഹർഷി ശ്രേഷ്ഠന്മാർ അവരിരുന്ന് പ്രാർത്ഥിക്കുന്ന എന്താണ് യോ സർവേശ്വര ഞാൻ പാവിയാണ് മുഴുവൻ പാപമാണ് എന്നിൽ നന്മയിൽ ഒന്നുമില്ല ഞാൻ ജനിച്ചത് പാപത്തിൽ ഞാൻ വളരുന്നത് പാവത്തിൽ ഞാൻ എന്റെ പ്രവർത്തികൾ പാവത്തിൽ എല്ലാം എല്ലാം പാപം തന്നെ പോകുന്നില്ല പാപത്തിന്റെ പ്രവൃത്തി ചെയ്യാതിരിക്കാം ചിന്തകൾ പോകുന്നില്ല എന്റെ ഹൃദയത്തിലൂടെ പോകുന്ന പാവചിന്തകൾക്ക് ഒരു തടസ്സമിടാനെനിക്ക് സാധിക്കുന്നില്ല പാവോഹം പാവകർമോഹം പാവാത്മാ പാവസംഭവ എന്നെ നീ ത്രാണനം ചെയ്യണമേ എന്നെ രക്ഷിക്കണമേ മാം എന്നെ പ്രിയപ്പെട്ടവരെ പറയട്ടെ മോക്ഷം പ്രാപിക്കാൻ ഒരേ ഒരു വഴി മാത്രം ഇന്ന് സ്നേഹിത നീ കോവിച്ച് അലറുന്നു നിന്റെ ഹൃദയത്തിൽ വൈരാഗ്യവും പകയും കുമിയുന്നു നിന്റെ മനസ്സിൽ ദുഷ്ടതയും തിന്മയും വളരുന്നു നിന്റെ ഹൃദയത്തിൽ അഴുക്കായ കൊള്ളരുതാത്തതായ വികാരങ്ങളും വിചാരങ്ങളും നിന്നെ വലയ്ക്കുന്നു പല അഴുക്ക് വഴികളിലൂടെ നീ നീ പോകുന്നു നശിക്കുന്നു ചീത്ത കൂട്ടുകെട്ടുകൾ നീ മുഴുകുന്നു ഏതാനും കുട്ടികൾ പത്താം ക്ലാസ്സിന് താഴോട്ടുള്ളതായ ക്ലാസ്സുകൾ പഠിക്കുന്ന കുറച്ചു കുട്ടികൾ ഒരു ദിവസം എന്റെ അടുക്കൽ വന്നു അവർ വന്ന് അവർക്ക് ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു നല്ല ആഗ്രഹം മക്കളെ നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഒരഞ്ചാറ് കുട്ടികളുണ്ടായിരുന്നു അവർ വന്നു താല്പര്യമായിട്ട് സംസാരിച്ചു ഞാൻ അവര് വെള്ള നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾക്ക് ആത്മാവിൽ ജീവൻ വേണം ഓ നല്ലത് പത്താം ക്ലാസ്സിൽ താഴെട്ട പിള്ളേരാ ചിലർ ആറിലോ ഏഴിലോ ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട് കൊള്ളാമല്ലോ നല്ല ആഗ്രഹം കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ടായല്ലോ ഞാൻ പറഞ്ഞു മക്കളി പിന്നെ അതിനെന്താ തടസ്സം എന്താ നിങ്ങളുടെ പാപം എന്താണ് സിനിമ കാണും അയ്യോ സിനിമ എന്തൊക്കെ കാണും അതിൽ ചീത്ത പടമുണ്ട് നല്ല പടമുണ്ട് പിന്നെ പിന്നെ കാർട്ടൂൺ പിന്നെ പിന്നെ അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണും പിന്നെ മൂന്നാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലോ ഒമ്പിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞു കമ്പ്യൂട്ടർ ഗെയിം കമ്പ്യൂട്ടർ കളി വേറെടുത്തു പറഞ്ഞു ഞാൻ ടി വിയിൽ കാണുന്നത് ഞാൻ ക്രിക്കറ്റ് കളി പിന്നെ വേറൊരാൾ പറഞ്ഞു എനിക്ക് ചില ചീത്ത കൂട്ടുകാരാ ആ കൂട്ടുകാരുടെ കൂടെ കൂടി അവര് പറയുന്നൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ കേട്ടു പോകുന്നു അപ്പോൾ പിന്നെ എനിക്കും ആഗ്രഹം വരികയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ കുഴയുന്ന കാര്യം ഏതിലാണെന്ന് ഇതിൽ ക്രിക്കറ്റ് കളി അതിൽ തന്നെ പാവമല്ല പക്ഷെ നിങ്ങൾക്ക് തന്നെ നേരമില്ല അതാ കുഴപ്പം നിങ്ങൾക്ക് ക്രിക്കറ്റുകളെ കണ്ടുകൊണ്ടിരുന്ന പിന്നെ പഠിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം പഠിത്തം അല്ലേ അപ്പം അത് വേണ്ടാന്ന് വയ്ക്കണം പിന്നെ സിനിമയിൽ നിങ്ങളൊരു ന്യൂസ് കാണുന്നത് തെറ്റൊന്നും അല്ല പാവമൊന്നുമല്ല പിന്നെ സിനിമ സീരിയൽ സീനിമയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പാവം തന്നെയാ നിങ്ങളുടെ ബുദ്ധി പോകും നിങ്ങളുടെ കഴിവ് പോകും നിങ്ങളുടെ പ്രാപ്തി പോകും നിങ്ങളുടെ ബുദ്ധി വി അങ് അല്ലാതെ പെർവേറ്ററായി പോകും വികലമായി പോകും പറഞ്ഞു കൊടുത്തു അപ്പോൾ ടി വിയിലെ കാർട്ടൂണോ ഈ വേണ്ട എന് എന്നാ പ്രയോജനം ചുമ്മാ കാർട്ടൂൺ കൊണ്ടിരുന്നാൽ വെറുതെ സമയം മേനെടുത്താൽ പഠിക്കണ്ടേ ആ സമയം നിങ്ങൾ വേറെ ദിവസം വായിക്കുക നിങ്ങൾ കണക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കോ ചെയ്യണം വായിക്കാനില്ല ഉണ്ടല്ലോ ഒരുപടി വായിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ ആ പിള്ളേർക്കൊക്കെ കേൾക്കുന്നുണ്ടാവും ഇതൊക്കെ വന്നിട്ടുണ്ടാവണം കേക്ക് ഞാൻ പറഞ്ഞു മക്കൾ ശരി ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറായി ഞാൻ ഒരുങ്ങി ഞാൻ ഒന്നുകൂടെ ചോദിച്ചു ആട്ടെ അന്നതൊക്കെ വന്നു ഇനി ഇതൊക്കെ വേണ്ട എന്ന് വെക്കാൻ കൂട്ടുകീത്ത കൂട്ടിട്ട് പോകില്ല കൂട്ടുകാരുടെ കൂടെ അങ്ങനെ നമ്മൾ വേണ്ട സംസാരിക്കാൻ നിൽക്കില്ല പിന്നെ ചീത്ത പടങ്ങൾ കാണില്ല നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തില്ല മാതാപിതാക്കളുടെ അനുസരണക്കാട് കാണിക്കില്ല അങ്ങനെയൊക്കെ ഇനി മുതൽ അങ്ങനെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് ആർക്കങ്ങനെ തീരുമാനമുണ്ട് അപ്പം എനിക്ക് പ്രതീക്ഷയുള്ളൊരു കുട്ടിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി കാരണം കുറച്ച് മുതിർന്ന കുട്ടിയാ പത്താം ക്ലാസ്സിന് വേണ്ടി പഠിക്കുക പ്രതീക്ഷയുള്ളൊരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി നോട്ടി ചുമതു പറയുന്നു ഞാൻ എന്റെ പ്രതീക്ഷ തകർന്നുപോയി മോൻ പറയാ അത് എനിക്ക് എനിക്ക് വേണ്ടന്നുണ്ട് പക്ഷേ എന്ന പക്ഷേ എന്നാ അത് എന്നാലും ഞാൻ പിന്നെ അത് ചെയ്തു പോയാലോ ചെയ്തു പോയാലും നിനക്ക് നഷ്ടം നിനക്കിപ്പോഴുറക്കാമോ ഇപ്പം തീരുമാനം എടുക്കാമോ മിണ്ടില്ല എനിക്ക് മനസ്സിലായി പിഷാജി വിടില്ല വിടില്ല വിടില്ല എന്ന് മനസ്സിലായി പിസാവിനോട് ഞാൻ തട്ടിപ്പ്രച്ച് മേടിച്ചാലും അവൻ പിന്നെയും പിസാവിന്റെ കൂടെ പോയിരിക്കും ഞാൻ മണ്ടനാവും വേണ്ടെന്ന് വെച്ചു പിന്നെ അത് അടുത്തത് ഒരു മോളാണ് ഇടുക്കിയ അവളോട് ചോദിച്ചു അവള് ഇത് തന്നെ അവൾക്ക് ഏതാ അവളുടെ പ്രശ്നം എന്തായിരുന്നു ഞാൻ മറന്നുപോയതാ ഇത് തന്നെ ഇത് കാര്യങ്ങളിൽ ഏതോ ഒന്നാണ് അവളുടെ മമ്മി അനുസരിക്കില്ല മമ്മി അനുസരിക്കില്ല മമ്മി എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് ഇക്കാരം പറയും മറുപടി പറയും ഒരു ഇതോ വൃത്തിയിട്ട വാക്കൊന്നുമല്ല ാരം പറയും അപ്പൊ നീ ഞാനങ്ങനെ പറഞ്ഞു പോവുമോ അത് നീയല്ലേ തീരുമാനിക്കുന്നത് ഇനി ചത്താലിശിനെ ഞാൻ പറയില്ല നീ തീരുമാനിക്കണം എനിക്കതിനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മോളെ അതിനങ്ങനെ കൃപ തരില്ല നീ തീരുമാനിച്ചാൽ നിനക്ക് കൃപ കിട്ടും അത് കർത്താവ് തരും സ്തോത്രം ഓരോരുത്തരും അവസാനം ഞാൻ ഒരു രണ്ട് മണിക്കൂർ നേരം ഈ പിള്ളേരോട് സംസാരിച്ചിട്ട് ഞാൻ നിരാശയോടെ എന്റെ താഴെ വെച്ചു പറ്റിയില്ല ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയില്ല ഞാൻ വലിയ സത്യം പറഞ്ഞു തരിക വേണം അവനവൻ ഹൃദയത്തിൽ കൊതിക്കണം അവനവന്റെ ഹൃദയത്തിൽ കൊതിക്കണം അവനവന്റെ ഹൃദയത്തിൽ ദാഹിക്കണം ദൈവത്തിന് സ്തോത്രം ഓരോരുത്തരുടെയും ഉള്ളത്തിലാണ് ഈ വരേണ്ടത് എനിക്ക് വേണ്ട വേണ്ട തഴുക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് വേണ്ട എനിക്ക് ദോഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വേണ്ട ഇത് തിന്മയാണ് എന്റെ ബുദ്ധിക്ക് കേടാണ് എന്റെ ഭാവിക്ക് ദോഷമാണ് എന്റെ വിദ്യാഭ്യാസത്തിന് കേടാണ് എന്റെ ഭാവി നശിക്കുന്നതിന് കാരണമാണ് എന്ന് വ്യക്തമായിട്ട് അവനവനാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ജയം കിട്ടും അപ്പോഴാണ് ജയം കിട്ടുന്നത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങൾക്ക് വാസ്തവമായ ദാഹമുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റും എത്ര മാരകമായ കുഴപ്പമാണെങ്കിലും ശരി എത്ര ഊരാക്കുരുക്കാണെങ്കിലും ശരി എല്ലാ കടത്താ വഴിച്ച് തരും സംശയിക്കേണ്ട ഇതുവരെ നിങ്ങൾ കഴിഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല നിങ്ങൾ കർത്താവ് അഴിച്ചു തരും നിങ്ങൾ വിശ്വസിക്കൂ അതിനാണ് ക്രിസ്തു ക്രൂസിൽ ബന്ധിക്കപ്പെട്ടത് നിങ്ങളുടെ ബന്ധനം അഴിക്കാൻ തന്നെയാണ് ക്രിസ്തു ക്രൂസിൽ ബന്ധിക്കപ്പെട്ടത് നിങ്ങളെ പിശാജ് പാപം കൊണ്ട് പരിഞ്ഞു മുറുക്കിയെങ്കിൽ ക്രിസ്തുവിനെ പൈശാചിക മനുഷ്യരെ ആണി കൊണ്ടുപരിഞ്ഞു മുറുക്കി ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളെ പിശാജ് പാപം കൊണ്ട് പരിഞ്ഞു മുറുക്കിയിട്ടു എന്നാൽ അന്ന് കർത്താവായ ശിവനെ കാര്യം പാണികൊണ്ട് ബന്ധിച്ചു സ്ത്രോത്രം എന്തിന് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും സാരമില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ പറയണം കർത്താവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് കൂടുതലൊന്നും അറിയാൻ പാടില്ല ഞാൻ വിശ്വസിക്കുന്നു എന്റെ ബന്ധനം അഴിക്കാനാണ് നീ ക്രൂസിൽ ബന്ധിക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളത് തന്നെയങ്ങ് പറയണം അപ്പൊ കാണാം നിങ്ങളിലേക്ക് വിശ്വാസം വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മനസ്സപ്പോൾ തർക്കിക്കും അങ്ങനെ നിനക്ക് വിശ്വാസം വന്നിട്ടില്ല നിനക്ക് വിശ്വാസം വന്നിട്ടില്ല അല്ല ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപത്തിന്റെ ശിക്ഷ കർത്താവ് കുരിശിൽ വഹിച്ചു ഞാൻ വിശ്വസിക്കുന്നു സാറേ ഇപ്പോഴീ അല്പം വിദ്യാഭ്യാസമൊക്കെ കാലത്ത് ഇങ്ങനെയൊക്കെ അന്ധമായി വിശ്വസിക്കാൻ പറ്റുമോ കുറച്ച് സയൻസൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് അങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം ഇന്ന് ടെനി തിരുവനന്തപുരം പറഞ്ഞപ്പോഴേ പറഞ്ഞില്ലേ ോന്നി എന്താന്നോ ഈ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവര് അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവര് കർത്താവ് പറഞ്ഞു മോശൂട് പറഞ്ഞു ഒരു സർപ്പത്തെ ഉണ്ടാക്കി അഗ്നിസർപ്പം പോലെ ഒന്ന് ഉണ്ടാക്കി നാട്ട് അത് ജീവനുള്ള സർപ്പമല്ല ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതെന്തുകൊണ്ടാ താമ്രം ഉണ്ട് പിച്ചളമുണ്ട് ഒരു പിച്ചളമുണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കുക അഗ്നി സർപ്പം അതെന്താണ് തീ തീ കൊള്ളി പായുമതുപോലെയാണ് ഈ അഗ്നിസർപ്പം നടക്കുന്നത് തീയ തീ കൊള്ളി പായുന്നത് പോലെ അഗ്നിസർപ്പം അഗ്നി സർപ്പം ഈ പിച്ചളയുടെ നിറം എന്താ പിച്ചളയുടെ നിറം ഏതാണ്ട് ഈ തീയുടെ നിറമാണ് വെട്ടിതിളങ്ങുന്ന നിറം സൂര്യപ്രകാശത്തിൽ ഈ പിച്ചള അവിടെ പാമ്പ് അവിടെ വെച്ചിരിക്കുന്നത് കണ്ടാൽ ഇവിടെ എന്നെ കടിച്ച അഗ്നിസർപ്പം പോലെ തന്നെ ഇരിക്കുന്നു ഓരോരുത്തരോടും പറഞ്ഞു നിങ്ങൾ അക്സർപ്പത്തിന്റെ കടിയേറ്റൊരു ചാകണ്ട ചാകണ്ട ആവശ്യമില്ല നിങ്ങൾ കടിയേൽക്കാതെ ഓടി രക്ഷപ്പെടുക ഒന്നും ചെയ്യണ്ട കടിയേറ്റുപോകും പാളയത്തിൽ അക്സർപ്പമുണ്ട് കടിയേറ്റുപോകും പക്ഷേ കടിയേൽക്കുന്നൊരു കാര്യം ചെയ്യണം നേരെ നോക്കണം അങ്ങോട്ട് അവിടെ ഒരു സർപ്പത്തെ നാട്ടിയിട്ടുണ്ട് താമരം കൊണ്ട് കൊണ്ടൊരു സർപ്പത്തെ നാട്ടിയിട്ടുണ്ട് അങ്ങ് നോക്കിയാൽ മതി നോക്കിയാൽ മതി ഒരാള് പറയുകയാണ് എന്നാലും ഈ മോശ ഒരു പഴയകാലത്തെ പഴഞ്ചന മോശയ്ക്ക് സയൻസ് അറിയാൻ പാടില്ല ഈ ശരീരത്തിൽ വിഷം കേറിയത് രക്തത്തിലൂടെ വിഷം ഒഴുകിയത് അങ്ങോട്ടൊന്ന് നോക്കുമ്പോഴേക്കും ഈ വിഷം പോകുന്നു എങ്ങനെയാ അതിനൊരു സയന്റിഫിക് തിയറി വേണ്ടേ അതിന് ഒരു പിൻബലം വേണ്ടേ അല്ല ചുമ്മാ ഒന്ന് നോക്കുമ്പോഴത്തേക്കും പോകുന്നു എങ്ങനെയാ അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നവര് മരിച്ചു സംശയിച്ചുകൊണ്ടിരുന്നവർ മരിച്ചു അവർ രക്ഷപ്പെട്ടില്ല നേരെ മറിച്ച് മോശ പറഞ്ഞു ഈ മോശ പറയുന്നത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആലോചനയാണ് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് മോശ ഈ പി ചിലപ്പാമ്പിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ താമരസർപ്പത്ത് നാട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് മോശയുടെ സ്വന്തം അഭിപ്രായമല്ല സ്തോത്രം അതങ്ങ് വിശ്വസിച്ചു നോക്കി രക്ഷപ്പെട്ടു അവനപ്പോൾ മറ്റുള്ളവരെ ബന്ധപ്പെടുത്താൻ ഓടുകയാണ് മറ്റുള്ളവരെ ബെധപ്പെടുത്താൻ ബന്ധപ്പെട്ടോടുകയാണ് എന്താണ് അവൻ നേരെ ഓടി അടുത്ത കൂടാരത്തിൽ ചെന്നു ആ കൂടാരത്തിൽ ചെന്നപ്പോൾ അവിടെ അടുത്ത കൂടാരത്തിൽ കാണുന്നെന്താണ് ഒരാൾ ചാകാൻ പോവുക പറഞ്ഞു സ്നേഹിത നീ ചാകണ്ട കേട്ടോ നീ ചാകണ്ട അയ്യോ എനിക്ക് വയ്യാ എന്റെ ദേഹം തളരുന്നു എന്റെ ബുദ്ധി മങ്ങുന്നു എനിക്ക് കാഴ്ച കുറയുന്നു അയ്യോ എനിക്ക് പറ്റില്ലല്ലോ സ്നേഹിത നീ വിഷമിക്കണ്ട പെട്ടെന്ന് കണ്ണ് തെളിയും നിന്റെ കണ്ണ് തെളിഞ്ഞുകൊള്ളും നിനക്ക് ബുദ്ധി തെളിഞ്ഞോളും പേടിക്കണ്ട നീ അങ്ങോട്ട് നോക്കിയാ മതി അവിടെ മോശ ദൈവകൽപ്പന താമരം കൊണ്ട് സർപ്പത്തി ഉണ്ടാക്കി നാട്ടിയിട്ടുണ്ട് അങ്ങോട്ട് നോക്കിയാ മതി സംശയിച്ചു മനുഷ്യൻ ഒന്നു നോക്കി അയ്യോ എന്താണിത് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നതുപോലെ പെട്ടെന്ന് ശരീരത്തിലുള്ളൊരു ശക്തി പ്രവഹിച്ചു അയ്യോ ക്ഷീണം മാറി തളർച്ച മാറി വേദന പെട്ടെന്ന് ഊർജ്ജസ്ത കൈവന്നു ചാടി എഴുന്നേറ്റു ഓ ഇനി വെറുതെ ഇന്നാ പോരാ അടുത്ത കൂടാരത്തിലേക്ക് ഓടി ഇപ്പൊ രണ്ടുപേരും കൂടി രണ്ടുപേരിക്കോടി ഓരോ കൂടാരത്തിലേക്ക് ഓടി അവിടെ രക്ഷപ്പെട്ടു അവരും കൂടി ഓടി അവരും പോയി ഓരോരുത്തർ ആളുകൾ ആളുകൾ ആളുകൾ രക്ഷപ്പെടുന്നു നിങ്ങൾ എന്തു പറയുന്നു കണ്ണടച്ചു വിശ്വസിക്കുക എന്റെ മേൽ ഒരു അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റിട്ടുണ്ട് എന്റെ മേലൊരു ബാധയുണ്ട് എന്റെ മേൽ പാപത്തിന്റെ സ്വാധീനമുണ്ട് എന്റെ മേൽ തിന്മയുടെ സ്വാധീനമുണ്ട് എനിക്ക് ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു വലിയ ബന്ധനമുണ്ട് എനിക്ക് സ്വാർത്ഥതയുടെ ഒരു ബന്ധനമുണ്ട് എനിക്ക് എന്നെ തന്നെ ഉയർത്തുന്ന ഒരു ബന്ധനമുണ്ട് കർത്താവെ എനിക്ക് അശുദ്ധിയുടെ ഒരു ബന്ധനമുണ്ട് എനിക്ക് വൃത്തികെട്ട ചിന്തകളുടെ ഒരു ബന്ധനമുണ്ട് കർത്താവെ പൈശാലികന് എന്റെ മേൽ സ്വാധീനമുണ്ട് എന്റെ കർത്താവ് ആത്മാവ് മരിച്ച ഞാൻ നിത്യാഗ്ഞിയിലേക്ക് പോകുവാൻ ഇടവാകുമല്ലോ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ഈ സർപ്പം നാട്ടപ്പെട്ടിരിക്കുന്നു കർത്താവ് യേശു ക്രൂസിൽ മരിച്ചിരിക്കുന്നു നോക്കിയാൽ അല്ലെങ്കിൽ രക്ഷപ്പെടാം നോക്കി ഓരോരുത്തരും ഓരോരുത്തർ രക്ഷപ്പെടുന്നു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ സ്തോത്രം പ്രതികൂലത്തിൻ കാറ്റുക ത്തി വീസിക്കൊണ്ടിരിക്കും പാപത്തിന്റെ ശോധനകൾ അടിച്ചുകൊണ്ടിരിക്കും പൈശാചിക ദുഷ്പ്രേരണകൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും പാപത്തിന്റെ വശീകരണങ്ങളും പ്രലോഭനങ്ങളും നിങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കും പക്ഷേ ക്ഷീണിക്കണ്ടോക്കൂ നിങ്ങളുടെ ബോട്ടിൽ കടന്നിരിക്കാൻ മിസ്സിക രാജൻ തയ്യാറാണ് നിങ്ങളുടെ ഈ യാത്രാബോട്ടിൽ നിങ്ങളുടെ ബോട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതം എത്തേണ്ടടുത്ത് എത്തിക്കാൻ ഈ പടകിലേക്ക് അവൻ ഇറങ്ങിവരും മിസികാരാജൻ നിൻകൂടെ ബോട്ടിലുണ്ടല്ലോ എന്ന് ധൈര്യത്തോടെ പറയാൻ തക്കവണ്ണം സ്നേഹിതരെയും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കൂ നാം വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക പോലെ ശുഭ്രമായ ജീവജന നദിയും അവനെന്നെ കാണിച്ചു പളുങ്കലെ ശുഭ്രമായ ജീവജനദി കാണിച്ചു ഏതാണ് സിംഹാസനം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം ആ സിംഹാസനത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു ദൈവം പിതാവായി ദൈവം കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തു നദീ പരിശുദ്ധാത്മാവ് തൃത്വം ഒന്നിക്കുന്നു തൃത്വം അവിടെ ഒന്ന് ചേരുന്നു തൃത്വം അവിടെ ഒരുമിച്ച് ചേരുന്നു സിംഹാസനം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം കുഞ്ഞാട് എന്ന പദം വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഇരുപത്തി ആറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഇരുപത്തി പ്രാവശ്യം കുഞ്ഞാട് എന്ന പ്രയോഗം കാണാം ആരെക്കുറിച്ച് കർത്താവായ യേശുവിനെക്കുറിച്ച് കേൾക്കൂ ഒന്ന് കുഞ്ഞാടിന്റെ രക്തച്ചൊരിച്ചിൽ രണ്ട് കുഞ്ഞാട് നൽകിയ വീണ്ടെടുപ്പ് മൂന്ന് കുഞ്ഞാടിന്റെ യോഗ്യത നാല് കുഞ്ഞാടിന്റെ പാട്ട് അഞ്ച് കുഞ്ഞാടിന്റെ വിജയം ആറ് കുഞ്ഞാടിന്റെ ഭരണം ഏഴ് കുഞ്ഞാടിന്റെ കല്യാണം എട്ട് കുഞ്ഞാടിന്റെ കാന്ത ഒമ്പത് കുഞ്ഞാടിന്റെ മഹത്വം പത്ത് കുഞ്ഞാടിന്റെ സിംഹാസനം യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ കേന്ദ്രീകരിച്ചാണ് വെളിപ്പാട് പുസ്തകം പോകുന്നത് വെളിപ്പാട് പുസ്തകം മാത്രമല്ല വേദപുസ്തകത്തിലെ ഓരോ പുസ്തകവും യേശുക്രിസ്തുവിനെ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പുരോഗതിയുണ്ടാകും ഇനി നിങ്ങൾക്ക് അഭിവൃദ്ധിയുണ്ടാകും ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചു പോകുക ഞാൻ ലളിതമായിട്ടല്ലേ പറയുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നില്ലേ ദൈവമേ നീ പ്രസാദിക്കുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യൂ യേശുക്രിസ്തു പ്രസാദിക്കുന്നത് മാത്രമേ ഞാൻ സംസാരിക്കൂ യേശു ക്രിസ്തു മാത്രമേ ഞാൻ പെരുമാറൂ യേശു ക്രിസ്തു ഒരു കാര്യം എന്റെ ജീവിതത്തിൽ വരികയില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിഷ്ഠയായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവും കാണുന്ന ക്രിസ്തു ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് കർത്താവ് കാണുന്നു നിങ്ങൾ ഓരോരുത്തരെ അതാത് സ്ഥലത്തിരിക്കുന്ന കർത്താവ് കാണുന്നു കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു എന്തിന് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ യേശു നിങ്ങളെ കണ്ടിരിക്കുന്നു നിങ്ങൾക്കിങ്ങോട്ട് പോരാൻ ഒരു പ്രേരണ തന്നത് കർത്താവായ യേശു നിങ്ങളെ വാസ്തവമായി കൂട്ടിക്കൊണ്ടുവന്നത് യേശു ക്രിസ്തുവിന്റെ ദൂതന്മാരാണ് മാലാഘമാരാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും എതിർപ്പുള്ളൊരു കൂട്ടായ്മ വരെ കാണുമോ ഇത്രയും എതിർപ്പുള്ളൊരു കൂട്ടായ്മയിലേക്ക് പോരാൻ നിങ്ങൾക്ക് ഈ ദാഹം തന്നത് ആരാണ് ആരാണ് ഇത്രയും നിങ്ങൾക്ക് ഒരു വാഞ്ച തന്നത് ഇതിൽ വരണമെന്ന് നിങ്ങൾക്കൊരു കൊതി തന്നത് ആരാണ് ഈ കുഞ്ഞാടിന്റെ കൃപ യേശുക്രിസ്തുവിന്റെ മഹത്വം അതാണ് അവനാണ് നിങ്ങൾ ക്ഷണിച്ചത് അവനാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് ഈ പ്രാവശ്യം നിങ്ങൾ വന്നപ്പോൾ കർത്താവിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ ബാധകൾ മാറ്റണമെന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ചില ബന്ധനങ്ങൾ അഴിച്ചു കളയണമെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിലേക്ക് വേ വരണമെന്ന് അവന്റെ സിംഹാസനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കണമെന്ന് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം ഹൃദയത്തിൽ സ്ഥാപിക്കണം അങ്ങനെയാണെങ്കിൽ സിംഹാസനത്തിൽ നിന്ന് ഒരു നദിയൊഴുകാൻ തുടങ്ങും സ്ത്രോത്രം ദൈവത്തിന് സ്തോത്രം അങ്ങനെയുള്ളവരാണ് പുതിയ ആകാശത്തിൽ പുതിയ ഭൂമിയിൽ എത്തുന്നത് ഒന്നുകൂടി പറയാം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കണം ഹൃദയത്തിൽ സിംഹാസനം ഇടണം ആ സിംഹാസനം സ്ഥാപിച്ചു കഴിയുമ്പോൾ സിംഹാസനത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു സ്ത്രോത്രം വായിക്കാം ഒന്നുകൂടെ വായിക്കാം വാക്യം വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളിന്തപോലെ ശുഭ്രമായ ജീവജന നദിയും അവനെന്നെ കാണിച്ചു ദൈവത്തിന് സ്തോത്രം ഒരു സിംഹാസനം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു ജീവജലനദി സഹോദരങ്ങളെ ഈ സിംഹാസനം എവിടെയുണ്ടോ അവിടെ നിന്ന് നദി പുറപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങളിൽ നിന്ന് നദി എന്താണ് നിങ്ങളിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടാത്തത് എന്താണ് കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനം നിങ്ങളിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനമില്ല സിംഹാസനം വന്നാൽ ഈ ജീവജലനദി ഒഴുകും സംശയിക്കണ്ട സിംഹാസനം വന്നാൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം നിങ്ങളുടെ ചങ്കിൽ സ്ഥാപിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് ജീവജലനിധി ഒഴുകാൻ തുടങ്ങും സ്തോത്രം നിങ്ങളാരും സംശയിക്കേണ്ട നിങ്ങളിൽ നിന്ന് ജീവജലനിധി പൊട്ടിപ്പുറപ്പെടും നിങ്ങളിൽ നിന്ന് ഉറവ പൊട്ടിപ്പുറപ്പെടും നിങ്ങളിൽ നിന്ന് ആത്മാവിന്റെ ജീവനധി ഒഴുകും ഓർക്കുക നിങ്ങൾ പ്രസംഗിക്കുമെന്നല്ല പറഞ്ഞത് നിങ്ങൾ ദർശനം കാണുമെന്നല്ല പറഞ്ഞത് നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമെന്നല്ല പറഞ്ഞത് നിങ്ങൾ വ്യാഖ്യാനപരം പ്രാപിക്കും എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് വേദനാപരം ഉണ്ടാകുമെന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് രോഗശാന്തികൾ വരം കിട്ടുമെന്നല്ല പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലനദി ഒഴുകും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും ഈ പരിശുദ്ധാത്മ ഒഴുകിയെന്ന് എങ്ങനെ അറിയാം ഒന്നുകൂട് വായിക്കാം വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളിങ് പോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു പളുങ്ക് പോലെ ശുഭ്രമായ സ്തോത്രം അതാണ് വ്യത്യാസം നദിയുണ്ട് പലയിടത്തും നദിയുണ്ട് അന്യഭാഷയുണ്ട് നല്ല ക്രമാവരങ്ങളുണ്ട് ദർശനങ്ങൾ പറയും അയ്യോ എന്റെ ഒരു പേന കണ്ടില്ല അവാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് ദേവദാസൻ പറയാണ് ഏതോ ഒരു ദേവദാസൻ നമ്മളേരല്ല കേട്ടോ നമ്മളങ്ങനെ പറയില്ല പ്രായ പറയാണ് ആ നിങ്ങളുടെ പേന നിങ്ങൾക്ക് നാളെ ഈ നേരത്തിനുമുമ്പ് കിട്ടും പ്രിയപ്പെട്ടവരെ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊടുക്കുന്ന ചില ദർശനങ്ങളുണ്ട് അതിനൊന്നും പറയുക നിങ്ങൾ പോകരുത് സ്ത്രോത്രം ദർശനങ്ങൾ പറയുന്നവരുണ്ട് കേൾക്കുക ദർശനങ്ങൾ വേദപുസ്തകാനുസൃതമായിട്ടാണോ പറയുന്നത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പറയേണ്ടത് ചോദിക്കും ഈ കല്യാണം അത് ആലോചിക്കുകയാണ് എങ്ങനെയാ നമ്മള് പറയും ആ ആർക്കറിയാം ഞാൻ ആ വിഷയം പ്രാർത്ഥിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് നിങ്ങൾക്ക് അത് കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവെ നടക്കേണ്ടതാണെങ്കിൽ നടത്തി തരണേ അല്ലാത്തതാണെങ്കിൽ അത് മാറ്റി തരണേ പ്രാർത്ഥിക്കണം വേറെ വേറെ ചില കൂട്ടായ്മകളിലാണെങ്കിൽ പറയും ആരും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ഭാവിച്ചിട്ട് പറയും അത് നടത്താം നടത്താം കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ എന്നിട്ട് കിട്ടുന്നത് കയ്യിൽ മേടിച്ച് പോകലിടുകയും ചെയ്യും ആരെയും കുറ്റപ്പെടുത്തി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അത് ഗൾഫ് നാടുകളിലൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ദർശനങ്ങൾ ഈ ഫോഷ്കിന്റെ ദർശനങ്ങൾ നിങ്ങൾക്ക് ഇടം കൊടുക്കരുത് ഇവിടെക്കും നിങ്ങൾ ചിലരൊക്കെ ദർശനം കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു ആ ദർശനം ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ലെന്ന് പറഞ്ഞു തുറന്നു പറഞ്ഞു അത് ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല എന്നാലും അങ്ങ് ബോധ്യം വന്നിട്ടില്ല എപ്പോഴും സൗകര്യപ്പെട്ടിരുന്ന് കേൾക്കുന്നുണ്ട് ഇപ്പോഴും ഉള്ള ബോധ്യം കേറിയിട്ടില്ല എന്നാലും എനിക്ക് കിട്ടിയ ദർശനമല്ലേ സാർ അങ്ങനെ പറഞ്ഞെങ്കിലും അത് എനിക്ക് വിടാൻ പറ്റുന്നില്ല വിശാചം പോവില്ല ഈ പോഷകിന്റെ ദർശനം എന്താ വിശാ അകത്ത് കയറിയിരിക്കുക അപ്പൊ എന്താ എങ്ങനെയറിയാ ഇത് ശുഭ്രമായ ജീവിത നദിയാണോ വീതിയുടെ നിലവിൽ ദൈവത്തിന്റെയും സിംഹാസനേയും കുഞ്ഞാട്ടിൽ നിന്ന് പുറപ്പെടുന്നതായ ശുഭ്രവും പഴുങ്കുപോലുള്ള നദി പളുങ്കുപോലായിരിക്കണം അവിടെ കറയില്ല ജീവിതത്തിൽ കറയുണ്ടോന്ന് നോക്ക് നിങ്ങൾക്ക് മനസ്സിലായോ സത്യത്തിന്റെ ആത്മാവാണെങ്കിൽ കറ കാണുകയില്ല അവിടെ മുൻവിധി കാണുകയില്ല അവിടെ മുൻ കാണുകയില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടുന്നയിടത്ത് സുതാര്യതയുണ്ട് ട്രാൻസ്പേരൻസിണ്ട് ട്രാൻസ്പേരന്റ് ആയിരിക്കും ട്രാൻസ്പേരന്റ് എന്ന് വെച്ചാൽ സുതാര്യത അത് അർത്ഥങ്ങൾ മനസ്സിലാവില്ല അല്ലേ ഇപ്പം ഈ കടലാസ് സാധാരണ അടലാസ് അല്ല ഈ ചൈന പേപ്പർ എന്നൊക്കെ പറയുന്ന പോലത്തെ അതിക്കൂടെ നോക്കിയാൽ അപ്പുറം കാണാം പളുങ്ക പോലെ ഗ്ലാസ് പോലെ അപ്പുറം കാണാം സുതാര്യത അതിനാ ട്രാൻസ്പാരന്റ് പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് ഒരാളിൽ പ്രവർത്തിക്കുമ്പോൾ സുതാര്യതയുണ്ടാകും ട്രാൻസ്പേരന്റ് ആയിരിക്കും അവിടെ കളങ്കമില്ല ഇപ്പൊ നിങ്ങൾ കണ്ണാടി നോക്കുകയാണ് കണ്ണാടിയിൽ കുറെ ഭാഗത്ത് കുറച്ച് മഷി ഇരിക്കുക അന്നേരം നിങ്ങളുടെ മുഖം വൃത്തിയായിട്ട് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലല്ലോ ഓർക്കുക കറ തീർന്നിരിക്കണം അന്യഭാഷ പറയും അന്യഭാഷ ഇതെല്ലാം ഇങ്ങനെ ഫോഷ്കിന്റെ അന്യഭാഷകളൊക്കെ ഇങ്ങനെ പെരിയിരിക്കുന്ന കാലമാണ് ഫോഷ്കിന്റെ അന്യഭാഷ കേൾക്കുമോ പ്രിയപ്പെട്ടവരെ അതിലൊന്നും കുടുങ്ങി പോകരുത് അതിലൊന്നും നിങ്ങൾ അങ്ങനെയുള്ള ഫോഷ്കിൽ ഫോഷ്കിൽ എന്ന് വെച്ചാൽ ഫോൾസ് ഫുഡ് വ്യാജന്മാരിൽ നിങ്ങൾ പിടിക്കപ്പെട്ടു പോകരുത് വ്യാജന്മാരിൽ കുടുങ്ങി പോകരുത് കള്ളനോട്ടുകൾ ധാരാളം സുവിശേഷ കള്ളനോട്ടുകളുണ്ട് സുവിശേഷ പ്രസംഗങ്ങളിൽ കള്ളനോട്ടുകളുണ്ട് നിങ്ങൾ വിചാരിക്കും സാറീ പറയുന്നേ സുവിശേഷ യോഗങ്ങളിൽ നോട്ട് വിതരണമുണ്ടോ അല്ല ആത്മീയമല്ലാത്ത അനാത്മീകതകൾ സുവിശേഷയോഗങ്ങളിൽ കൂടെ വരുന്നു ആത്മീയത്തിന്റെ ആ ഛായയിലാണ് വരുന്നത് ആത്മീയത്തിന് ചായയിൽ വരും സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കാം എങ്ങനെ സൂക്ഷിക്കാം വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടറിയാം ശുഭ്രമായ നദിയാണത് അത് പളുങ്ക് പോലത്തെ നദിയാണ് അത് സുതാര്യമായ നദിയാണ് വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാൻറെയും സിംഹാസനം എന്ന് പുറപ്പെടുന്നതായി ശുഭ്രമായ ശുഭ്രമായ ജീവജല നദിയുമാണ് എന്നെ കാണിച്ചു പളുങ്കുപോലെ ശുഭ്രമാണത് പരിശുദ്ധാത്മാവാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ പളുങ്ക് പോലെ ശുഭ്രമായിരിക്കും ദൈവത്തിന്റെ സ്തോത്രം ചിലര് പന്തൽ വെയ്യുമെന്ന് പറയും പന്തൽ വെയ്യുക മഴ പെയ്തു മഴ പെയ്തപ്പോൾ പന്തലിന് ചോർച്ചയുണ്ടായിരുന്നു വെള്ളം തോർന്നു ധാരാളം വെള്ളം വീണു പന്തലില് പക്ഷേ മഴ തീർന്നു പക്ഷേ പന്തലിൽ നിന്നിപ്പോഴും ചോരുന്നു അതെന്താണ് അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ചോരുന്നത് ഒരിക്കലും ആത്മീയം ഉണ്ടായിരുന്നു അന്ന് ആത്മീയം ഉള്ള കാലത്ത് ചില കൃപാവരങ്ങളൊക്കെ കിട്ടിയിരുന്നു ആത്മീയം നഷ്ടപ്പെട്ടു ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടാലും ഈ കൃപാവരങ്ങൾ കുറച്ചു കാലത്തേക്ക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും തുടർന്നുകൊണ്ടിരിക്കും ഭയപ്പെടേണ്ട കാര്യമാണ് ഈ പറയുന്നത് അപകടം വരരുത് ദൈവമൊക്കെ അപകടം സംഭവിക്കരുത് ദൈവത്തിന് സ്തോത്രം പളുങ്കുപോലത്തെ നദിയാണത് ഈ ജീവജ നദി പളുങ്ക പോലത്തെ നദിയാണ് ശുഭ്രമാണ് സുതാര്യമാണ് അവിടെ മറച്ചുവെക്കാനൊന്നുമില്ല അവിടെ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം എല്ലാം തുറന്ന് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്തുപെടട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതം സുതാര്യമാണോ നിങ്ങളുടെ ജീവിതം പളുങ്കുപോലെ എന്താ അച്ചസ്ഫടിക സംഘാശം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ സ്വച്ഛമായ ഗ്ലാസ് പോലത്തേതായ സ്വഭാവം സ്വച്ഛമായ ഗ്ലാസ് നല്ല ശുദ്ധമായ ഗ്ലാസ് ഒരു ചെറിയ പൊട്ടോ പൊടിയോ അതിരത്തില്ല അങ്ങനെ വരണം നിഷ്കളങ്കമായ ഹൃദയം സ്തോത്രം ഞാൻ പറയട്ടെ നിങ്ങളോട് പറഞ്ഞു തരാം ഞാൻ പ്രാർത്ഥിക്കാറുള്ള കാര്യക്കായി പറയുന്നു കേട്ടോ ഞാൻ പ്രാർത്ഥിക്കും കർത്താവേ ഒരണുകൂലം കറയില്ലാത്ത ഒരു ഹൃദയം എനിക്ക് തരണമേ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ മുട്ടിപ്പാട്ട് പറയും കർത്താവെ ഒരു കളങ്കത്തിന്റെ കണികയേശാത്ത ഒരു നിഷ്കളങ്ക ഹൃദയം എനിക്ക് തരണമേ ഞാൻ പറയുന്നത് പോലെ തന്നെ എന്റെ ഹൃദയം എന്റെ ഹൃദയം പോലെ തന്നെ പറയുക ഒന്നും ഒരു സൂത്രം ഭാവിക്കാതെ ഒരു തന്ത്രം പ്രയോഗിക്കാതെ ഉള്ളത് ഉള്ളതുപോലെ പ്രിയപ്പെട്ടവരെ ഏതെന സ്തോത്രം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം നിങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം അവിടെ ഒരു പ്രത്യേക ഇഷ്ടമില്ല പ്രത്യേക ഇഷ്ടക്കുറവില്ല അങ്ങനെ വരണം സ്തോത്രം അതൊരു വലിയൊരു ഭാഗ്യമാണ് കേട്ടോ ആ ദാഹം വരുന്നത് തന്നെ അങ്ങ് നിങ്ങൾ ദാഹിച്ചിട്ടുണ്ടോ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദാഹം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അല്പം പോലും കളങ്കമേശാത്തതായൊരു ഹൃദയം സ്വന്തം ബുദ്ധിയിലോരോന്നോരോന്നോർത്ത് ഓർത്ത് ഇങ്ങനെ പലതും കണക്കൂട്ടിലല്ല അതിലേക്ക് ഇങ്ങനെ പോരാൻ പോവാ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലമുണ്ട് ജീവ ഫലമുണ്ട് ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി ആക്കേണ്ടതിന് ക്രോപകളെ കാവലാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് അതാണ് ഇവിടെ ഞാൻ ബന്ധിപ്പിച്ച് പറയാൻ പോകുന്നത് എന്താണ് എന്റെ അർത്ഥം നന്മതിന്മകളുടെ അറിവ് ജ്ഞാനമാണ് പാണ്ഡിത്യമാണ് ഇന്ന് സെമിനാറുകളിൽ പാണ്ഡിത്യം പഠിപ്പിക്കുന്നുണ്ട് എന്താണ് പഠിപ്പിക്കുന്നത് അതൊന്നും പഠിക്കണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ വേദപുസ്തകം പണ്ഡിതോഹിതമായി പഠിച്ചു എന്നുള്ളത് കൊണ്ട് ആരും ദൈവരാജ്യത്തിൽ പോകില്ല പാണ്ഡിത്യപൂർവം കുറെ കാര്യങ്ങൾ പഠിച്ചു ഗ്രഹിച്ചു എന്നുള്ള ദൈവരാജ്യത്തിൽ പോകില്ല നമ്മുടെ കൂട്ടായ്മയിൽ ഒരാളോട് ഞാൻ എനിക്ക് പറഞ്ഞു വേണ്ടായിരിക്കും അങ്ങനെ ആ രീതിയിൽ പഠിക്കണ്ടായിരിക്കും അദ്ദേഹം പയ്യെ അപകടത്തിലേക്ക് പോവാൻ തുടങ്ങായിരുന്നു ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹം പയ്യെ അറിയാതെ അപകടത്തിലേക്ക് പോകായിരുന്നു ഇപ്പൊ തിയോളജി കുറച്ച് പഠിക്കണം എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു വേണ്ടായിരിക്കും വേണ്ട അതൊന്നും പഠിക്കണ്ട നമുക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞ പോരെ മറ്റേ കുറച്ച് തിയോളജി പഠിച്ചൊരു ഒരു ഡിഗ്രി എടുക്കുക സ് ഇതാണ് അതിനെന്താ പ്രത്യേക പ്രയോജനം അതൊന്നും പഠിക്കണ്ട പഠിച്ച ഉള്ള വിശ്വാസം പോവുകയുള്ളൂ ഉള്ള വിശ്വാസം പോവുകയുള്ളൂ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട ഹൗസൈബ് അച്ഛൻ സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അച്ഛൻ സെമിനാരി പഠിക്കുന്നവരെ നിഷ്കളങ്കമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സെമിനാരിയിൽ പഠിച്ചു അച്ഛനാ സെമിനാരിയിൽ പഠിച്ചു നാലു കൊല്ലം അല്ലേ ഏതാല് കൊല്ലം പഠിച്ചു ബി ഡി കിട്ടി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് എല്ലാം സംശയങ്ങളായി എല്ലാം സംശയം ഓരോന്നും സംശയം കാരണം ബുദ്ധിയിൽ കുറെ അറിവ നേടിയത് അച്ഛൻ സാധാരണ സാക്ഷ്യം പറയാറുള്ളതാണ് ബുദ്ധിയിൽ കുറെ അറിവ കിട്ടിയത് ഈ കോളേജിൽ നിന്ന് ബി എ ഡിഗ്രി എടുത്തത് അച്ഛൻ ബി എ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ബി ഡി കിട്ടി കോട്ടയം സെമിനാരിയിൽ നിന്ന് അച്ഛനെല്ലാം സംശയായി എല്ലാം ക്രിട്ടിക്കൽ സ്റ്റഡിയാണ് ക്രിട്ടിക്കൽ എന്താ വിമർശനാത്മകമായ പഠനമാണ് തിയോളജി പഠിക്കുമ്പോൾ പഠിക്കുന്നത് വിമർശനാത്മകമായ പഠനം എന്താണ് കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു പറയുന്നു അത് അയ്യായിരം പേരെ പക്ഷിപ്പിച്ചു പറഞ്ഞു അയ്യായിരം പേര് ഭക്ഷിച്ചു പക്ഷേ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് കുറേശേ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് ഇനി അങ്ങനെ നിങ്ങൾ ചിന്തിച്ചേക്കല്ലെ കേട്ടോ അങ്ങനെ കൊണ്ടുവന്നത് അപ്പോ കർത്താവ് ഇങ്ങനെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി എന്ന് പറഞ്ഞപ്പോഴ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ചു ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന തിയോളജിമാരുണ്ട് അപ്പോ ഇത് കേൾക്കുമ്പോഴത്തേക്കും പാവപ്പെട്ട വിദ്യാർത്ഥി ഈ തിയോളജി പഠിക്കാൻ തുടങ്ങുന്ന അങ്ങനെ ആയിരിക്കുമോ അങ്ങനെ അങ്ങനെ ആയിരിക്കുമോ എന്തിനാതൊക്കെ ചിന്തിക്കാൻ പോകുന്നു എന്റെ കർത്താവ് ആ കുട്ടിയുടെ കയ്യിൽ അഞ്ചപ്പൂം രണ്ട് മീനും മേടിച്ചു വേദിവസം പറയുന്നു വള്ളിയും പുള്ളിയും മാഞ്ഞു പോവില്ല എന്റെ യേശു വേദം പറഞ്ഞിരിക്കുന്നത് അഞ്ചപ്പൂവും രണ്ട് മീനും അത് അയ്യായിരം പേർ കുളമ്പി ഇനി പിന്നെ അത് ഇങ്ങനെ ബുദ്ധി ചിന്തിച്ച് ഇങ്ങനെയായിരിക്കില്ലേ എന്തിനാ ചിന്തിക്കുന്നത് വെറുതെ എന്തിനാണ് നശിക്കുന്നത് വേറെ വേറൊരു ചിന്ത നോഹയുടെ കാലത്ത് പ്രളയം എന്ന് പറയുന്നത് അത് മുഴുവൻ ഭൂമിയിൽ നിന്ന വെള്ളം പൊങ്ങിയില്ല ആ പ്രദേശത്ത് പലസ്തീനിയൻ മേഖലയില് അവിടെ വെള്ളം പൊങ്ങിയുള്ളൂ ഞാനിത് കൊറേ വായിച്ചുകൾ കൊണ്ട് പറയാ അവിടെ വെള്ളം പൊങ്ങിയുള്ളൂ എല്ലായിടത്തും വെള്ളം പൊങ്ങിയില്ല ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ തിയോളജിമാര് ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തിയിട്ട് എന്ത് പറ്റിയെന്നറിയാം ഈ നന്മന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചു ഭക്ഷിച്ച് പുറത്തായി അതാ സംഭവിക്കാൻ പോകുന്നത് എന്തു പറ്റി അങ് ഏറ്റുയർന്ന പർവ്വതത്തിൽ കടൽ ജീവിയുടെ അസ്ഥി കൂടം കണ്ടെത്തി ഇപ്പോൾ ഏറ്റുമുയർന്ന പർവ്വതത്തിൽ കടലിൽ മാത്രം വസിക്കുന്ന ജീവിയുടെ അസ്ഥി കൂടം സ്കെലറ്റൺ കണ്ടെത്തി അറിയാമെന്നവർക്കറിയാം പിതക്കാന്ത്രോപ്പസെറക്ടസ് ഹോമോപിക്സിസ് തുടങ്ങിയുള്ള ചില അസ്ഥി അതെല്ലാം കണ്ടെത്തി ഇതെല്ലാം കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു തെറ്റായി പോയി എന്നവർക്ക് മനസ്സിലായി മനസ്സിലാവുന്നോ പിന്നെ ആദിയിൽ നിന്നെയും ആകാശം ഭൂമി സൃഷ്ടിച്ചു ഞാനിതൊക്കെ പറഞ്ഞാൽ ആവശ്യമുണ്ടോ വേണ്ടായിരിക്കും ആ ഈ ഇത് ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കാൻ തുടങ്ങുന്നു പഠിക്കാൻ തുടങ്ങുന്നതിൽ കൂടെ വെറുതെ ആവശ്യമില്ലാത്ത തെറ്റായ ചില ധാരണകളകത്ത് കിടക്കുന്നു അവിടെ ദൈവത്തിന്റെ വതിനിധി പറഞ്ഞിരിക്കുന്നു വെള്ളം പൊങ്ങി ഒരിടത്തും ജീവികൾക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയായി എല്ലാവരും ചത്തൊടുങ്ങി മോശ നോഹയും കുടുംബവും മാത്രം പെട്ടെന്ന് കയറി രക്ഷപ്പെട്ടു മതി എത്രയും മതി വിശ്വസിച്ച പോരേ അതാണ് ചിന്തയും ബുദ്ധിയും വേണ്ട നന്മ നന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം വേണ്ട പിന്നെന്താ വേണ്ടത് പിന്നെ വേണ്ടത് കണ്ണടച്ച് ജീവജലം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചുകൊള്ളുക സ്ത്രോത്രം ഞാൻ ചോദിക്കട്ടെ അത് ഞാൻ പറഞ്ഞ പറയാറുള്ളതാ ഈ പാല് കുടിക്കുക ഒരു ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ നേരത്ത് ഈ അല്പം സയൻസ് പഠിച്ച വിദ്യാർത്ഥി പറയാണ് ഈ പാലിനകത്ത് എത്ര മിൽക്ക് ഷുഗർ ഉണ്ട് എത്ര പേർസെന്റ് എത്ര പേർസെന്റ് പ്രോട്ടീൻ ഉണ്ട് എത്ര പേർസെന്റ് ഫാറ്റ് ഉണ്ട് കണക്കൂട്ടി നോക്കുക കണക്കൂട്ടി കണക്കൂട്ടിയിരിക്കാം എന്നാൽ എത്ര പേർസെന്റ് ഉണ്ടെങ്കിലും പാലം കുടിച്ചാൽ കിട്ടിക്കോളൂ ഇല്ല അതൊക്കെ എത്ര പേർസെന്റ് ഷുഗർ ഉണ്ടെന്നോ എത്ര പേർസെന്റ് മിൽക്ക് ഷുഗർ ഉണ്ടെന്നോ എത്ര പേഴ്സെന്റ് പ്രോട്ടീൻ ഉണ്ടെന്നോ എത്ര പേർസെന്റ് ഫാറ്റ് ഉണ്ടെന്നോ ഒന്നും നോക്കണ്ട നീയം കുടിച്ചോളണം പാലം വിഴുങ്ങിക്കോളണം അതിന്റെ പേർസെന്റ് കണക്കാക്കിയില്ലെങ്കിൽ കിട്ടേണ്ടത് കിട്ടിക്കോളും മതി വിഴുങ്ങിക്കൊള്ളുക ദൈവത്തിന് സ്തോത്രം എന്റെ കർത്താവിന്റെ കൃപയാണ് ഞാൻ പറയട്ടെ ഞാൻ തിരുവചനത്തിൽ കിട്ടുന്നതെല്ലാം വിഴുങ്ങുന്നവനാണ് വേറെ അന്യചിന്തകൾക്ക് ഇടം കൊടുക്കാറില്ല ഭാവനയ്ക്കിടം കൊടുക്കാറില്ല തെറ്റല്ലാത്ത ഭാവനകൾ പറയാം കുഴപ്പമില്ല ദൈവത്തിന് സ്തോത്രം ഭാവനകൾക്ക് ഇടം കൊടുക്കാൻ പാടില്ല സങ്കല്പങ്ങൾക്ക് ഇടം കൊടുക്കാൻ പാടില്ല ബുദ്ധിയുടെ കസർത്തുകൾക്ക് ഇടം കൊടുക്കാൻ പാടില്ല ദൈവത്തിന് സ്തോത്രം ഒരു ചെറുപ്പക്കാരൻ തിരുവിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാണ് ഒരിക്കൽ ഈ വേദം പ്രസംഗിച്ചപ്പോഴേ കുറച്ച് ബുദ്ധിയുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രസംഗം ഞാൻ പറഞ്ഞു മോനെ പറ്റി പോയി അതൊന്നും അങ്ങനെയൊന്നും അല്ല പറയണ്ടേ പറയാൻ പാടില്ല അത് ഈ ബുദ്ധിയുണ്ടൊന്നും ആലോചിച്ച് പറയണ്ട നന്മ നിങ്ങളുടെ അറിവിന്റെ പക്ഷത്തിന്റെ ഫലമാണത് നന്മതിന്മകളുടെ അറിവിന്റെ പക്ഷത്തിന്റെ ഫലം തിന്മാനുള്ള പ്രേരണയാണ് അന്ന് അന്ന് ഹവായ്ക്കും ആദാവിനും കൊടുത്തത് പിശാചെയ്യുന്ന പണിയാണത് ഇന്ന് അനേകരും പാണ്ഡിത്യത്തിന്റെ പുറകെ പോകുന്നു സത്യവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു കൃപയുടെ വഴി തിരിച്ചറിയുന്നില്ല രക്ഷകൻ ഒരിക്കതായ വഴി തിരിച്ചറിയുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇത്രയും പറഞ്ഞെന്ത് മനസ്സിലായി ഒന്നും ചിന്തിക്കാതെ ക്രിസ്തുവിന്റെ തിരുവദനത്തെ കണ്ണടത്ത് നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിക്കുക ഒന്നും ചിന്തിക്കേണ്ട സിമിനാരി പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ുണ്ടല്ലോ ക്രിട്ടിക്കൽ സ്റ്റഡി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കടന്ന് നിങ്ങൾക്ക് ദോഷം വരാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സേഫ് ഗാർഡ് നിങ്ങളെ തന്നെ കരുതിക്കൊള്ളണം നിങ്ങളെ തന്നെ സൂക്ഷിച്ചു ക്രിട്ടിക്കൽ സ്റ്റഡി വിമർശനാൽപക പഠനങ്ങൾ അത് നിങ്ങൾക്ക് ദോഷം വരുത്താതെ നോക്കിക്കൊള്ളണം ദൈവത്തിന്റെ സ്ത്രോത്രം പ്രയോജനമുള്ള നല്ല മൂർച്ചയുള്ള ക്രഭയുടെ നിറവുള്ള അനേകം ദൈവമക്കൾ വീട് ഈ വേദപുസ്തകം അരുതാത്ത രീതിയിൽ പഠിക്കുന്നതിൽ കൂടെയാണ് അവര് പ്രകടമായ പാവത്തിലേക്ക് ആദ്യം പോയില്ല പക്ഷെ അരുതാത്ത ചില അവിശ്വാസങ്ങൾ ബൈബിളിൽ കടന്നുകൂടി ബൈബിളിനെ കടന്നുകൂടി അങ്ങനെ തിരുവചനത്തെക്കുറിച്ചുള്ളതായി അവിശ്വാസ ചിന്തകൾ കടന്നുവന്ന് അനേകം വഴിതെറ്റിപ്പോകാനിടയാകുന്നു അവരുടെ ആത്മീയവീര്യം നഷ്ടപ്പെട്ടു പോകുന്നു അവസാനം ആത്മാവ് മരിച്ചു പോകുന്നു സ്തോത്രം നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം പൂജിക്കരുത് തിന്നരുത് തിന്നുക നേരെ ജീവവൃക്ഷത്തിന്റെ ഫലത്തിലേക്ക് അതാണ് ഗോകുൽത്തായയിൽ നമുക്ക് തന്നിരിക്കുന്നത് സ്ത്രോത്രം എല്ലാം തീർന്നു എല്ലാം മാറി മാറി എല്ലാം എല്ലാം ഫെയ്ഡ് ഔട്ട് ചെയ്തു എല്ലാം മങ്ങിപ്പോയി ഇനി പിന്നെ തെളിഞ്ഞു നിൽക്കുന്ന ജീവന്റെ ജീവനായ യേശു മാത്രം എല്ലാം മാറും ഒരുപടി കൂടി കടന്നു ഞാൻ പറയാം കൂട്ടായ്മകൾ മാറും കൂട്ടായ്മയിൽ ദൈവത്തിന്റെ വചനം പറയുന്നവര് മാറും അവരും വീണു പോകാം അവരും തകർന്നു പോകാം അവരും മരിച്ചു പോകാം ദൈവത്തിന്റെ സ്ത്രോത്രം ഇപ്പൊ ഇത് പറയുന്നത് ഞാൻ നാളെ ഉണ്ടാകണമെന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഓരോ പ്രാവശ്യവും ചിന്തിക്കും കർത്താവ് ഈ വർഷത്തെ കൺവെൻഷനായി ഈ കൺവെൻഷൻ തീർന്ന് കർത്താവെ ഞാന് കൺവെൻഷന്റെ അവസാനം വരെ ഉണ്ടെന്ന് എനിക്കെന്താ ഉറപ്പ് ഇല്ലല്ലോ കർത്താവെ അടുത്ത വർഷത്തെ കൺവെൻഷൻ ഞാൻ ഉണ്ടോ എനിക്കറിയാൻ വയ്യല്ലോ ദൈവത്തിന്റെ സ്തോത്രം പ്രത്യേകിച്ചും കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഓരോ പ്രത്യേക അവസരങ്ങൾ വരുമ്പോഴെല്ലാം ഞാൻ പറയും കർത്താവെ ഈ വർഷത്തേതും അത്രത്തോളമായി അടുത്ത വർഷം എങ്ങനെ എനിക്കറിയാൻ പാടില്ല ഞാൻ ഭൂമിയുടെ മേലെയാണോ ഭൂമിക്ക് കീഴെയാണോ ഈ ശരീരം ഭൂമിയുടെ മേലെയാണോ അതോ ഭൂമിക്ക് താഴെയാണോ എന്റെ കർത്താവ് എവിടെ ആയാലും എന്റെ യേശുവിന്റെ കൈത്തണ്ടിലായിരിക്കണം എന്റെ യേശുവിന്റെ ഉള്ളം കൈയിലായിരിക്കണം എന്റെ യേശു എന്റെ രാജ്യത്തിലായിരിക്കണം എന്റെ യേശുവിനോട് കൂടെയായിരിക്കണം സ്തോത്രം ജൈവത്തിന് സ്തോത്രം ഈ ജീവജല അത് ഒഴുകുമ്പോൾ ശ്രദ്ധിച്ചോ ആദ്യം അതൊഴുകുമ്പോൾ അതിന് നടക്കാം കണങ്കാലുരിയുള്ളൂ പിന്നീട് കുറച്ചാഴത്തേക്കും പൊങ്ങി കൂടുതലായി മുട്ടോളമായി പിന്നെ കുറച്ചുകൂടി ആയപ്പോഴത്തേക്കും അരയോളമായി പിന്നെ കുരേ കൂടി ആയപ്പോഴത്തേക്കും അത് നെഞ്ചറ്റം കഴുത്തോളമായി ഇത് ഒരു സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം കാല് പറഞ്ഞു പോവുക കാല് പറഞ്ഞു പോവുക എവിടുന്നാ എവിടുന്നാ കാല് പറഞ്ഞത് ഭൂമി തറയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ദൈവം വൈദലേ നീ ആത്മാവിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ആത്മാവിൽ നിറ നിറഞ്ഞ് വരണമെങ്കിൽ കാല് തറയിൽ നിന്ന് പൊങ്ങണം എന്തു മനസിലായി നിങ്ങൾക്ക് എന്തു മനസ്സിലായി സാറേ ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ സാറീ പറയുന്നത് ആണോ പ്രായോഗികമാണോ ഈ പറയുന്നത് ഞാന് അത്ഭുതത്തോടെ പറയട്ടെ ഇതൊന്നും സംശയിക്കാതെ ഒരു വിചാരത്തിലോ ബുദ്ധിയിലെടുക്കാതെ കണ്ണുടച്ച് വിശ്വസിച്ചാൽ മകനെ നിനക്ക് സാധിക്കും മകളെ നിനക്ക് സാധിക്കും എന്താണ് സാധിക്കുന്നത് കാല് പറയും ഒന്നും നിന്നെത്തൊടുകയില്ല ഞാൻ ആവർത്തിച്ച് പറയട്ടെ വളരെ ഗൌരവമായി പറയട്ടെ അനേക ഇന്ന് ഭൂമിയിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് നാളെ എന്ത് നീ അറിയുന്നില്ലല്ലോ എന്റെ ദൈവത്തിന് സ്തോത്രം ഞാൻ വളരെ ഭയത്തോടെ പറയട്ടെ ദൈവത്തിന് സ്തോത്രം ഇന്നലെ അവളുടെ ആദരണീയരായ മൂന്ന് സഹോദരിമാര് ഒരാൾ ഡോക്ടറാണ് ഒരാളൊരു ബാങ്ക് മാനേജറുടെ ഭാര്യയാണ് വേറൊരാള് സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ ഭാര്യയാണ് പ്രിയപ്പെട്ടവര് നല്ല വിദ്യാഭ്യാസമുള്ളവർ നല്ല സംസ്കാരമുള്ളവർ നല്ല കാര്യവിധമുള്ളവർ ഇന്നലെ ഇവിടെ ഉച്ചയ്ക്ക് ബയോ ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഭക്ഷണം കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു പോരുകയായിരുന്നു റോഡരിയിൽ റോഡരിയിൽ ഓ എത്രയും റോഡരിയിൽ ചേർന്നു വന്നു ഒരു മിനിട്ട് കൊണ്ട് ഇന്ന് രാവിലെ അതിലൊരാളെന്നെ വിളിച്ച് പറഞ്ഞു വിശദമായി പറഞ്ഞു വെറുതെ വളരെ അരികു വറ്റി റോഡിൽ കൂടി വളരെ അരികു പെട്ടെന്നാണ് സംഭവിച്ചത് എന്താ പറ്റിയെന്നവർക്ക് മനസ്സിലായില്ല മൂന്നുപേരും വീണു ഒരു കാറ് അവരെ ഇടിച്ചു ഒരാൾക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ആ ഡോക്ടർന്ന് പറഞ്ഞത് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് പ്രിയപ്പെട്ടവരെ മറ്റു പേർക്കും ഒരാൾക്ക് കയ്യിൽ സ്ലിങ് സ്ലിങ് കയ്യിൽ ഇത് ഇടേണ്ടി വരുന്നു എന്താണെന്ന് പറയുക പാസ്റ്ററല്ല കൈ കെട്ടി കൈ അനക്കാതെ പത്ത് പതിനഞ്ച് ദിവസങ്ങൾ കിടക്കേണ്ടി വരുന്ന സ്ഥിതി ഒന്നും ഒരാൾക്ക് കാര്യമായി പരിക്കൊന്നും പറ്റിയില്ല എന്താണ് പറയുന്നത് എന്താ ഒരു നിമിഷ നേരം അത്ര ശ്രദ്ധിച്ച് നടന്നവരുമാണ് അതനുസരിച്ച് നടക്കത്തക്കവണ്ണം സുബോധമുള്ളവരാണ് നല്ല വിവരമുള്ളവരാണ് നല്ല സംസ്കാരമുള്ളവരാണ് നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് പക്ഷെ എന്ത് പറ്റി ഒരു സെക്കൻഡ് നേരം എന്തു പറ്റി നിറഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ആ കാർ വന്ന് ഇങ്ങോട്ട് കയറി ഇടിച്ചത് നിറഞ്ഞുകൂടാ ആർക്കറിയാം ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ കൂടി ഇരിക്കേ ഇന്ന് വൈകുന്നേരത്തെ യോഗത്തിൽ നമ്മൾ ആരെല്ലാം ഉണ്ട് ആർക്കറിയാം എന്റെ സ്തോത്രം സാറെന്താ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയത്തക്കോണ്ട് എന്തുണ്ടായി പ്രിയപ്പെട്ടവരെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിട്ടല്ല പക്ഷേ നിങ്ങൾ ഓരോരുത്തരും കരുതലുള്ളവരായിരിക്കണം ഓരോരുത്തരും കരുതലുള്ളവരായിരിക്കണം എന്താണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നൊക്കെ അറിഞ്ഞുകൂടാ കാര്യങ്ങളെല്ലാം ഇത്ര ദുരിതഗതിയിലാണ് മാറുന്നതും അറിയുന്നില്ല ഇന്ന് കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നവരിലെപ്പോൾ കൂട്ടായ്മ ഇല്ലായെന്ന് വരും എന്നാൽ യേശു മാറുകയില്ല എന്റെ യേശു വിട്ടുപോവുകയില്ല യേശുവിനെ നിങ്ങൾ കേന്ദ്രമാക്കിക്കൊള്ളണം അവനെ നിങ്ങളുടെ ഹൃദയത്തിൽ സിംഹാസന് വിട്ടുകൊള്ളണം ഈ ഭൂമിയിൽ നിന്ന് കാല് പറഞ്ഞുകൊള്ളണം ഇനി അത് വൈകരുത് ഈ ഭൂമിയിൽ നിന്ന് കാല് പറയുക ഇവിടെ കാല് പൊങ്ങുക ഇതിൽ നിന്ന് കാലുറപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ജോലി ചെയ്യാം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം നിങ്ങൾക്ക് അധ്വാനിക്കാം തെറ്റൊന്നുമല്ല നിങ്ങൾ പഠിക്കണം നിങ്ങൾ വിദ്യാഭ്യാസം നേടണം നിങ്ങളുടെ തൊഴിൽ നേടണം നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങൾ മക്കൾ വളർത്തണം നിങ്ങൾ വീട് വയ്ക്കണം ഒന്നും വേണ്ടിവയ്ക്കണ്ട എല്ലാമാകാം ദൈവത്തിന് സ്തോത്രം എന്നാൽ പ്രിയപ്പെട്ടവരെ മുൻപേ അവന്റെ രാജ്യവും നിധി അന്വേഷിപ്പിയും അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ നിങ്ങൾക്കിതെല്ലാം ഏതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗത്തിലെ അപ്പൻ അറിയാം അവനെ നിനക്കൊന്നും അപ്പൻ വിലക്കുന്നില്ല ഒരു നന്മയും മുടക്കുകയില്ല നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല നിങ്ങൾ വിശ്വസിച്ചുകൊള്ളു ഈ നല്ലവനായ ദൈവം നിങ്ങൾക്കു വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തു കൊള്ളും അവൻ നിങ്ങൾക്കു വേണ്ടി വൻകാര്യങ്ങൾ നിവർത്തിച്ചുകൊള്ളും അവൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ് എന്റെ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ നിങ്ങൾക്കാലു ഊന്നി നിൽക്കരുത് ഇവിടെ നിൽക്കരുത് നിങ്ങൾ വേര് പറഞ്ഞുകൊള്ളണം നിങ്ങൾ കാല് പൊങ്ങണം ഈ നദി ഇതാ ഒഴി വരുന്നുണ്ട് ജീവജല നേരെ ഒഴി വരുന്നുണ്ട് ജീവജല പ്രവാഹത്തിൽ പറഞ്ഞു പോകണം ആത്മനദി എല്ലേ ഒഴുക്കണമേ എന്ന പാടാറുണ്ട് ആ പാട്ടുപാടാൻ നിങ്ങൾ ഒരുങ്ങുക ദൈവത്തിന്റെ സ്തോത്രം ആത്മനദി എല്ലേ ദൈവത്തിന്റെ സ്തോത്രം ആദ്യം ആ പാട്ട് പാടുന്നതിന് മുൻപ് നമുക്ക് വെളിപ്പാട് ആദ്യത്തെ വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കും ആദ്യം മുതൽ വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു വെളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും എന്നെ കാണിച്ചു നദിക്ക് ഇക്കരെയും അക്കരെയും നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട് ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കായ്ച്ച് അത് പന്ത്രണ്ട് വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു പന്ത്രണ്ട് മാസവും ഓരോ മാസവും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു വൃക്ഷങ്ങളുടെ ഇലാരാ ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു യാതോ ഒരു ശാപവും ഇനി ഉണ്ടാവുകയില്ല യാതോ ഒരു ശാവു ഇനി ഉണ്ടാകുകയില്ല ദൈവത്തിന് സ്തോത്രം യാതോരു ശാവുവിനി ഉണ്ടാകുകയില്ല ബാധകളെല്ലാം മാറിപ്പോകും എല്ലാ ബാധകളും നീങ്ങിപ്പോകും ശാപങ്ങളെല്ലാം മാറിപ്പോകും നാം നേടിയെടുത്ത ശാപങ്ങളുണ്ട് നാം സമ്പാദിച്ച ശാപങ്ങളുണ്ട് ോരുത്തരും ചെയ്ത പ്രവൃത്തികൾ മൂലവും നമ്മുടെ ജീവിതത്തിൽ വന്നതായ ദുഷ്ടതകൾ മൂലവും നാം നേടിയെടുത്തതായ ശാപങ്ങളുണ്ട് ആ ശാപങ്ങൾ നമ്മുടെ മക്കൾക്കു വേണ്ടി ചരതിച്ചുവെക്കുകയാണ് നമ്മുടെ തലമുറകൾക്ക് ഭാവി തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചുവെച്ചിരിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ തലമുറകൾക്കു വേണ്ടി സംരക്ഷിച്ചു വച്ചിരിക്കുന്നതായ എനിക്കും എന്റെ തലമുറയ്ക്കുമായി സംഭാദിച്ചു വെച്ചിരിക്കുന്നതായ ശാപങ്ങൾ ാധകൾ ഓരോ തരത്തിലതായ ബാധകൾ അതെല്ലാം എല്ലാം മാറുന്ന ഒരു നല്ല നാളെയുണ്ട് യാതൊരു ശാബുവിനെ ഉണ്ടാകുകയില്ല അതിനെന്താണ് വേണ്ടത് സിംഹാസനം ഹൃദയത്തിൽ സ്ഥാപിക്കണം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം ഹൃദയത്തിൽ സ്ഥാപിക്കണം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം ഹൃദയത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൽ നിന്ന് സിംഹാസനത്തിൽ നിന്ന് ജീവജല ഒഴുകാൻ തുടങ്ങും ദൈവത്തിന്റെ സ്തോത്രം ജീവജല ഇരുകരയിലും ജീവവൃക്ഷമുണ്ട് അതിന്റെ ഫലം തിന്മൻ നല്ലത് അതിന്റെ ഇല രോഗശാന്തിക്കുതകുന്നു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ജീവവൃക്ഷം ജീവന്റെ ജലം എന്നൊക്കെ പറയുന്ന എന്താണ് അതാണ് നിത്യ ജീവൻ മരണത്തിനപ്പുറമുള്ള ജീവൻ മരിച്ചാലും തീരാത്ത ജീവൻ യവർ ലാസ്റ്റിംഗ് ലൈഫ് നിത്യജീവൻ യവർ ലാസ്റ്റിംഗ് ലൈഫ് ഒരിക്കലും തീരാത്തതായ ജീവിതം അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം ആ നിത്യത എന്ന് പറയുന്നത് ഇറ്റേണൽ എക്സിസ്റ്റൻസ് അല്ല നിത്യ അസ്തിത്വമല്ല എന്നാലോ അത് നിത്യജീവനാണ് അത് ഇറ്റയാണൽ ലൈഫാണ് എവർലാസ്റ്റിംഗ് ലൈഫാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ നരകത്തിലുള്ളവർക്കും ഇറ്റയാണൽ എക്സിസ്റ്റൻസുണ്ട് ഒരു നിത്യതയുണ്ട് അതിന് മോചനമില്ല സ്വർഗത്തിലുള്ളവർക്ക് ഒരു നിത്യതയുണ്ട് അത് സ്വർഗീയ സമാധാനമാണ് സ്വർഗീയ സന്തോഷമാണ് കർത്താവ് നമ്മെ സ്വർഗത്തിന്റെ സന്തോഷത്തിൽ എത്തിക്കാനാണ് കർത്താവ് അധ്വാനിക്കുന്നത് കർത്താവ് ബദ്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിന്റെ മഹാസന്തോഷത്തിലെത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ വെറുതെ വന്നവരല്ല നിങ്ങൾ യാദൃച്ഛയമായി എത്തിയവരല്ല നിങ്ങളെക്കുറിച്ച് സ്വർഗീയ രാജാധിരാജന് വ്യക്തമായൊരു പദ്ധതിയുണ്ട് വ്യക്തമായൊരു പ്ലാനുണ്ട് നിങ്ങൾ നിത്യജീവനിൽ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ രാജാധിരാജന് സിംഹാസനം ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജീവജന നദി കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഈ വെള്ളം കുടിക്കുന്നവെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരിക്കലും ദാഹിക്കാതെ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീയുറവായി തീരുവനകർത്താവ് പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും മകനെ നീ ലോകത്തിന്റെ വെള്ളം കുടിച്ചു ദാഹം മാറിയോ നിന്റെ ടെൻഷൻ മാറിയോ നിന്റെ കൺഫ്യൂഷൻ മാറിയോ നിന്റെ ആർത്തി മാറിയോ ഇഷ്ടം പോലെ പണമുണ്ടാക്കി ആർത്തി മാറിയോ മകനെ നീ ലോകത്തിൽ പലത് പലതും നീയെ സുഖം കരുതി തേടിച്ചെന്നു നിന്റെ ആർത്തി മാറിയോ മകളെ പല സുഖങ്ങളുടെ പിന്നാലെ പോയി ആത്യന്തലം നിന്റെ നിരാശയല്ലയോ നീ നിന്റെ ശരീരം അന്യന് കാഴ്ചവെച്ചു ഫലം ഇന്ന് നിരാശയല്ലയോ ദൈവ ഇതിലേ നീ ചിന്തിച്ചു നോക്കൂ നിന്റെ ജീവിതത്തിലേക്ക് വൃത്തികേടി നീ ഇടം കൊടുത്തു ഫലം നിരാശയല്ലയോ ഫലം വേണ്ടായിരുന്നു വേണ്ടായിരുന്നുള്ളതായ ഒരു വലിയ വേദനപ്പെടുത്തുന്ന നീറിപ്പിടിക്കുന്ന ഉമീ ഉമിത്തി നീറുന്നതുപോലെ നീറിപ്പിടിക്കുന്ന വേദനയല്ലയോ ഫലം നിനക്ക് കിട്ടിയത് ദൈവത്തിന് സ്തോത്രം യൗവനക്കാര് നീ മദ്യത്തിന്റെ പിറകെ പോയി നീ ചീത്ത പോയി നീ ബ്ലൂ ഫിലിമിന്റെ പോയി നീ കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിൽ ചെന്ന് ചീത്ത പടങ്ങൾ സൈറ്റ് അന്വേഷിച്ചു പോയി ദൈവവൈതിലേ നീ കൊള്ളരുാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ദുഷ്ടതയ്ക്ക് വസമതനായി പോയി നിന്റെ ശരീരം നീ അഴുക്കാക്കി തീർത്തു ദൈവവൈതിലേ എന്നോട് പറയട്ടെ നിന്റെ ഓരോ അവയവങ്ങളിലും പാപം വന്നു ചിന്തിച്ചു നോക്കൂ നിന്റെ കോപാവേശം കൊണ്ട് നിന്റെ ആത്മാവിന് കേടുവന്നു നിന്റെ ശരീരത്തിന് നിന്റെ പ്രഷർ വർദ്ധിച്ചു ഫലം നിനക്ക് എന്ത് കിട്ടി ദൈവത്തിന് സ്തോത്രം ദൈവവൈതിലേ നിനക്ക് എന്താണ് ലാഭം കിട്ടിയത് നിന്റെ ജീവിതത്തിൽ നീ നേടിയെടുത്തത് ഇതുവരെ നേടിയെടുത്തതല്ല നഷ്ടത്തിന്റെ കണക്കല്ലയോ എന്തെങ്കിലും നിനക്ക് നിത്യതയ്ക്ക് വേണ്ടി നേടാൻ കഴിഞ്ഞോ ദൈവദാസ അതിനോട് ചോദിക്കട്ടെ ദൈവദാസി നിന്നോട് ചോദിക്കട്ടെ എന്ത് നീ നേടി ദൈവത്തിന് സ്തോത്രം നിത്യതയ്ക്ക് വേണ്ടി എന്ത് നീ നേടി നിത്യ ജീവന്റെ നീ എത്രത്തോളം ബന്ധപ്പെട്ടു ഏയ്യോ ദൈവത്തിന് സ്തോത്രം ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും അവൻ ഈശ്വര വേണം ീധനാസിക്രവർത്തിയാവാൻ ദൈവത്തിന് സ്ത്രോത്രം മഹാവി ഉള്ളൂർ പാടിയതാണ് രാജാവായിത്തീരണം അവനീശത വേണം അവനിയുടെ ആധിപത്യം വേണം രാജാവാകണം അവനീശത വേണം ആഠ്യന് ഒരു മാന്യനായ മനുഷ്യന് ലോകത്തിന്റെ രാജ ഭൂമിയുടെ രാജാവായിത്തീരണം അവനീശ്വത വേണം ആഢ്യന് ഉറുവീധവനാശിപ്പതു ചക്രവർത്തിയാവാൻ തൃപ്തിയായില്ല ഈ ഭൂമി ഉറുവിയുടെ ധവനായി ഉറുവിയുടെ ഭർത്താവായി അഥവാ രാജാവായി രാജാവായി തീർന്നിട്ടും അവന് തൃപ്തിയായില്ല അവൻ അനേകം രാജാക്കന്മാരുടെ വീതയുള്ള ചക്രവർത്തിയാകണം അവനീശത വേണമാഠ്യന് ഉർവീധവനാശിപ്പതു ചക്രവർത്തിയാവാൻ പ്രിയപ്പെട്ടവരെ ഇതാ അവനോ ഭുവനാധിപത്യ ലുബ്ധൻ അവന് ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം കിട്ടിയാലും ലുബ്ധനെ പോലെയാണ് തൃപ്തിയായിട്ടില്ല പിന്നെയും വേണം പിന്നെയും വേണം തൃപ്തിയാകുന്നില്ല അവനീശത വേണ ആഢ്യന് ഉർവീധവനാശിപ്പതു ചക്രവർത്തിയാവാൻ അവനോ ഭുവനാധിപത്യ ലുബ്ധൻ ഭുവനത്തിന്റെ ആധിപത്യം മുഴുവൻ കിട്ടിയാലും ലുബ്ധനാണ് ശിവനെ മർത്തിയനോ തൃഷ്ണ തീരലുണ്ടോ ഈശ്വര ഈ മനുഷ്യന്റെ ആഗ്രഹം തീരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ കവി വേദനയോടെ പാടുകയാണ് മനുഷ്യന്റെ തൃഷ്ണ തീരുന്നില്ല മനുഷ്യന്റെ ദാഹം ശമിക്കുന്നില്ല നീ ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ജീവജലം നിനക്ക് കിട്ടിയാൽ നിനക്ക് ദാഹമില്ല നിന്റെ ടെൻഷന് സമാധാനമുണ്ട് നിന്റെ കൺഫ്യൂഷന് പോകാൻ നിന്റെ ട്രിബുലേഷന് യാതനക്ക് ഒരു പോകാൻ നിന്റെ ട്രയൽസ് ആൻഡ് എല്ലാം നിനക്ക് വഴി തരും ദൈവത്തിന് സ്തോത്രം നിന്റെ ജീവിതത്തിലെ ടെംപ്ടേഷൻസ് അതെല്ലാം നിന്നു വിട്ടുപോകും ദൈവത്തിന് സ്തോത്രം അരിതാത്തതിലേക്കുള്ള ദുവാസനകൾ നിന്നെ വിട്ട് പറമ്പറന്നു പോകും നീ സമാധാന തുടങ്ങും ദൈവ ഇതിലേതിനോട് പറയട്ടെ നിന്റെ ജീവിതം സന്തോഷ തീരും സമാധാനം നിന്റെ ജീവിതത്തിലേക്ക് അണമറിയാതെ ഒഴുകിവരും സമാധാനമുള്ള ജീവിതം നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി തീരും നീ കാൽ ചവിട്ടുന്ന നിനക്ക് അവകാശമായി തരും ഹാലോഹ്യ ദൈവത്തിന് സ്തോത്രം നീ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ നീ കാൽ ചവിട്ടിയത് മൂലം ആ വീട് അനുഗ്രഹിക്കപ്പെടും എന്റെ ദൈവത്തിന് സ്തോത്രം നീ ഈ കാല ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന് പണ്ട് യേശുവായോട് ദൈവം പറഞ്ഞതാണ് ആ വലിയ വാഗ്ദത്വം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ദൈവത്തിന് സ്തോത്രം നീ ഒരു ദേശത്ത് എന്നു രണ്ട് വാക്ക് പറഞ്ഞാൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടും എന്റെ കർത്താവിന് സ്തോത്രം കാരണം നിന്റെ ഉള്ളിൽ നീ വേറുന്നത് രാജാധി രാജനെയാണ് കഴുത വാഹനം കയറിയവനാണ് നിന്റെ ചങ്കിൽ പേറിക്കൊണ്ട് നീ ചെല്ലുന്നത് അവന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുകയാണ് അവനെയും നീ യാത്ര ചെയ്യുന്നത് അവനെയും നീ ട്രെയിനിൽ പോകുന്നത് അവനെയും നീ പ്ലെയിനിൽ പോകുന്നത് അവനെയും നീ ബസിൽ പോകുന്നത് അപ്പോൾ അവൻ നിന്റെ അകത്തുണ്ട് അവൻ തന്റെ കൺമണി പോലെ നിന്നെ കാക്കുകയാണ് അവ നിന്നെ സംരക്ഷിക്കുകയാണ് അവ നിന്നെ പോറ്റുകയാണ് അവ കാര്യം ഏറ്റെടുക്കുകയാണ് നിന്റെ പഠിത്തം അവന്റെ കൈയിലാവുകയാണ് നിന്റെ ബുദ്ധി അവന്റെ കയ്യിലാവുകയാണ് ബുദ്ധി തെളിയുകയാണ് ദൈവത്തിന്റെ സ്തോത്രം നീ തൊടുന്നൊക്കെയും പൊന്നായി മാറുകയാണ് തൊടുന്നിടത്തെല്ലാം ദൈവത്തിന്റെ കൃപ വാഴുകയാണ് ദൈവത്തിന് കൃപ പ്രസരിക്കുകയാണ് ദൈവത്തിന് കൃപ ശോഭിക്കുകയാണ് ദൈവത്തിന്റെ വലിയ നാമം മോഹത്തപ്പെടട്ടെ നിന്റെ ഒരു വാക്കിൽ അനേകരുടെ ഹൃദയത്തിൽ തണുപ്പ് കിട്ടുകയാണ് അനേകരാശ്വാസം പ്രാപിക്കുകയാണ് മകനെ നിരക്കാൻ ആഗ്രഹമുണ്ടോ ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും ബാധിച്ച് എത്ര കൂട്ടിയിട്ടും തൃപ്തിയായില്ലോ നിന്നോട് ചോദിക്കട്ടെ ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും മകനെ മകളെ ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം അസന്മാർഗീയത്തിന്റെ ആ വ്യഭിചാരത്തിന്റെ വെള്ളം കുടിക്കുന്നവളെല്ലാം പിന്നെയും ദാഹിക്കും ദൈവത്തിന്റെ സ്ത്രോത്രം കഴിയുന്ന ഒരു സ്ത്രീയോടാണ് കർത്താവ് പറഞ്ഞത് അഞ്ച് പുരുഷന്മാർ ഭർത്താക്കന്മാരായിട്ടുണ്ടായിരുന്നു ഒരു കല്യാണം കഴിഞ്ഞു അത് ഡൈവോഴ്സ് ചെയ്തു അടുത്ത കല്യാണം കഴിഞ്ഞു അതും ഡൈവോഴ്സ് മൂന്നാമത്തെ കല്യാണം കഴിഞ്ഞു അതും വിവാഹമോചനം നാലാമത്തെ കല്യാണം കഴിഞ്ഞു അതും ഡൈവോഴ്സ് അഞ്ചാമത്തെ കല്യാണം കഴിഞ്ഞു അതും ഡൈവോഴ്സ് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവൾക്ക് വേറൊരുത്തൻ അവ കല്യാണം കഴിഞ്ഞില്ല അല്ലാതെ കൂടെ പറക്കുകയാണ് ഇപ്പോഴുള്ള എന്താ ഭർത്താവല്ല കല്യാണം കഴിഞ്ഞില്ല ൂടെ പാർപ്പിക്കുകയാണ് അങ്ങനത്തെ സ്ത്രീകളാണ് കർത്താവ് പറഞ്ഞത് മോളെ ഈ വെള്ളം കുടിക്കുന്നതെല്ലാം പിന്നെ ഇന്ദാഹിക്കും ഹാറലുയാ ദൈവത്തിന് സ്തോത്രം മോളെ ഈ വെള്ളം കുടിക്കുന്നതെല്ലാം പിന്നെ ദാഹിക്കും നിന്റെ ദാഹം മാറും നീ കരുതണ്ട നിന്റെ ഈ വേണ്ട അതിനത്തിലുള്ളതായ ദാഹം മാറും നീ കരുതണ്ട ലൈംഗികാസക്തിയുടെ ദാഹം മാറുമെന്ന് നീ കരുതണ്ട ഈ വെള്ളം കുടിക്കുന്നതെല്ലാം പിന്നെ ദാഹിക്കും എന്നാൽ എന്റെ ജീവ ഉറവിൽ നിന്നൊരു ഒരിറ്റു വെള്ളം നിനക്ക് കുടിക്കാൻ പറ്റുമോ എന്നാൽ എന്റെ വചന നിനക്ക് കുടിക്കാൻ പറ്റുമോ എന്റെ വചനത്തിന്റെ ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് നിനക്ക് കുടിക്കാൻ പറ്റുമോ എന്നാൽ ഈ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല അവനത് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും ൂയാ ദൈവത്തിന്റെ സ്തോത്രം നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരൊറവായി തീരും ദൈവജനമേ ഈ നീറവിന്റെ അടുക്കലാണ് പകൽക്കാലം നിങ്ങൾ വന്നിരിക്കുന്നത് എന്റെ യേശു ജീവജലം നിങ്ങളെ നേരെ നീട്ടിക്കൊണ്ട് അവൻ ഇന്ന് അരികത്തുകൂടെ നടക്കുകയാണ് അവനതിനൊന്നേ നിങ്ങളോട് പറയുന്നുള്ളൂ മോനെ നിന്റെ ഹൃദയത്തിൽ യേശുവിന്റെ സിംഹാസനം സ്ഥാപിക്കാൻ നീ തുറന്നു കൊടുക്കുക അവൻ ബലം വരികയില്ല അവനകത്ത് ബലമന്ധം ചെയ്ത് കടന്നു വരികയില്ല അവൻ നിന്നെ നിർബന്ധിച്ചു ടുപ്പിക്കുകയില്ല അവൻ്റെ ഹൃദയത്തിന്റെ വാതുക്കൽ നിന്ന് മുട്ടുന്നുണ്ട് അവൻ കെഞ്ചി യാജിക്കുന്നുണ്ട് അവന് വേണ്ടി ആരിപ്പോൾ ഹൃദയം തുറക്കും അവന് വേണ്ടി ആരിപ്പോൾ ഉള്ളു തുറക്കും എന്റെ കർത്താവേ എന്റെ ജീവിതത്തിൽ എന്റെ നാള് വരെയുള്ള ജീവിതത്തിൽ എന്റെ യേശുവെ എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ സംഭവിച്ചു പോയി കർത്താവേ ഞാൻ ഈ ലോകത്തിന് വേണ്ടി ദാഹിച്ചു ലോകത്തിൽ നിന്ന് കാല് പറഞ്ഞില്ല എന്റെ കാല് പിന്നെയും ലോകത്തിൽ തന്നെ ഉറച്ചു നിന്നു ഞാൻ സ്തുതിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഏത് വായിച്ചു ഞാൻ പ്രസംഗിച്ചു ഞാൻ സാക്ഷ്യം പറഞ്ഞു പക്ഷേ കാല് പറഞ്ഞില്ല കർത്താവേ എന്റെ സ്വാർത്ഥത പോയില്ല കർത്താവേ എന്റെ ജടയിമ്പങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം പോയില്ല കർത്താവേ എന്റെ ആസക്തി തിന്മയുടെ ആസക്തി ദുഷ്ടതയുടെ ഭീകരത എന്റെ ഉള്ളിൽ നിന്ന് മാറിയില്ല കർത്താവേ ഞാനത് അറിയുന്നു കർത്താവേ എന്റെ ദൈവമേ ഞാൻ മനസ്സാ പൂർണ്ണ മനസ്സോടെ ഞാൻ മനസ്സ സ്വന്തം ഇഷ്ടത്തോടെ ഞാനിത് പൈശാചികനോട് യാത്ര പറയുകയാണ് ഈ ലോകത്തോട് യാത്ര പറയുകയാണ് ലോക യാത്ര പറയുകയാണ് യേശുവേ ഞാനിത് ലോകത്തിന്റെ സകല ആസക്തിയോട് യാത്ര പറയുകയാണ് ഒന്നേ വേണ്ടു നാഥ ഒന്നേ വേണ്ടു എനിക്ക് വേണ്ടത് എന്റെ യേശു തരുന്ന ജീവജലമാണ് ഞാനിതാ എന്റെ ഉള്ളിൽ നിനക്ക് തുറന്നു തരുന്നു എന്റെ നീ ഒന്ന് വരണം എന്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് വരണം എന്റെ ഉള്ളിൽ നീസിംഹാസന് വിടണം എന്റെ ഹൃദയത്തിൽ നീസിംഹാസന് വിടണം കർത്താവേ എന്റെ ഉള്ളു എന്റെ കർത്താവേ നീ പശുത്തൊട്ടിയിൽ കിടന്നവനല്ലേ അതിനേക്കാൾ കഷ്ടമാണ് എന്റെ ഹൃദയം ഈ പശുത്തൊട്ടിയിൽ പിറന്നവനല്ലേ അവിടെ പശുവിന്റെ ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും മണവുണ്ട് എന്റെ കർത്താവെ ആ പശുത്തൊട്ടിയിൽ എല്ലാ പരിവരുക്കൻ വൈക്കോലുമുണ്ട് പരിവരുത്ത പുല്ലുകളുണ്ട് അതെല്ലാം സഹിച്ച് നീ അവിടെ കിടന്നില്ലേ കീറ്റുശീലകൾ പൊതിഞ്ഞ് അവനെ പശുത്തൊട്ടിയിൽ കിടത്തി കർത്താവെ അവിടെ പരുവരുപ്പുണ്ട് എന്റെ ഹൃദയം വളരെ പരുക്കനാണ് ഞാൻ വളരെ കോപിഷ്ഠനാണ് ഞാൻ വളരെ വളരെ സ്വാർത്ഥമതിയാണ് ഞാൻ വലിയ ദ്രവ്യാഗ്രഹിയാണ് എന്റെ ഹൃദയത്തിൽ പരുക്കൻ പ്രകൃതിയുണ്ട് വളരെ റഫാണ് കർത്താവെ എന്റെ വാക്കുകൾ റഫാണ് എന്റെ കർത്താവെ പരുക്കൻ പ്രകൃതിയുണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രം എനിക്ക് കോപം അടക്കാൻ പറ്റുന്നില്ല എന്റെ കരുണയുള്ള കർത്താവെ എന്റെ വാശി മാറുന്നില്ല എന്റെ വൈരാഗ്യ സ്വഭാവം മാറുന്നില്ല പലപ്പോഴും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല കർത്താവെ വേണം വേണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ സാധിക്കുന്നില്ല എനിക്കൊരു പരിഹാരം തരണമേ ദൈവത്തിന് സ്തോത്രം ൈവത്തിന്റെ വലിയ നാം മുഹത്തുപെടട്ടെ നീ പരിക്കൻ ശി മേൽ നീ പുൽത്തൊട്ടിയിൽ കിടന്നവനാണ് കർത്താവേ എന്നാൽ അതിനേക്കാൾ പരുക്കനായ അതിനേക്കാൾ ദുഷിച്ച ഗന്ധമുള്ള അതിനേക്കാൾ ചീത്ത മണമുള്ള ഈ ഹൃദയത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ് കർത്താവേ നീ വന്നാൽ ഈ ദുർഗന്ധങ്ങൾ മാറും യേശുവേ നീ മുപ്പത്തിമൂന്നര കൊല്ലം പലസ്തീൻ നാട്ടിൽ കൂടി നടന്നപ്പോൾ ദുർഗന്ധങ്ങൾ മാറി രോഗങ്ങൾ മാറി പൈശാചിക ബാധകൾ മാറി സാധാന്യ കോട്ടകൾ പൊട്ടി എന്റെ കർത്താവെ ഞാൻ അറിയുന്നു നീ എവിടെ ചെന്നോ അവിടെ അനുഗ്രഹം വാരിവിതറി നീ എവിടെ ചെന്നോ അവിടെ സൗഖ്യം വാരിവിതറി നീ എവിടെ ചെന്നോ അവിടെ പാപമോചനം വാരിവിതറി നീ ചെന്നിടത്തെല്ലാം സൗഖ്യവും സമാധാനവും നൽകിയല്ലോ കർത്താവേ ഇതായി നട്ടുച്ച നേരത്ത് ഞാനും വരുന്നു യേശുവേന്റെ ഉള്ളു തുറക്കുന്നു ഈ ദുഷ്ടപ്രകൃതിയുടെ ഹൃദയം നിനക്ക് തുറന്നു തരുന്നു ഈ വാശിയും പിണക്കുമുള്ള ഹൃദയം നിനക്ക് തുറന്നു തരുന്നു ഈ കോപ ഹൃദയം നിനക്ക് തുറന്നു തരുന്നു എന്നെ തന്നെ നിനക്ക് വിട്ടുതരുന്ന് കർത്താവേ എന്നോട് മനസ്സലിയണമേ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ആത്മനദി എന്നിൽ നിഴുകാനിടയാക്കണമേ ഇന്ന് നദിയുടെ ഉറവ് കർത്താവേ ഇന്ന് ഉറവ തുടങ്ങട്ടെ കർത്താവേ ഇന്ന് ആരംഭിക്കട്ടെ ജീവിത ഉറവ ഇന്ന് ആരംഭിക്കട്ടെ അത് മുട്ടോളമല്ല അരയോളമല്ല കഴുത്തറ്റം പൊങ്ങുമാറും അത് വളരട്ടെ അത് വർദ്ധിക്കട്ടെ അത് പെരുകട്ടെ അത് മേൽക്കവിയെ ആരെല്ലാം ഇപ്പോൾ തീരുമാനമെടുക്കുന്നുണ്ട് യേശു വേണ്ടി ആര് ഹൃദയം തുറക്കുന്നുണ്ട് യേശു അഴുക്കുകൾ മാറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എല്ലാ തിന്മയും മാറ്റി തരുമെന്ന് ആര് വിശ്വസിക്കുന്നുണ്ട് സ്ത്രോം സ്രുണിയുള്ള കർത്താവേ ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു അപ്പോ അവിടുന്ന് ആധിപത്യം ഏറ്റെടുത്തതിനായി സ്തോത്രം സ്വർഗം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങിയതിനായി സ്തോത്രം സ്വർഗവാതിൽ ഞങ്ങൾക്ക് നേരെ തുറന്നതിനായി സ്തോത്രം ദൂതന്മാർ ഭൂമിയിലേക്ക് ഉറ്റുനോക്കുന്നതിനായി സ്തോത്രം പ്രാവിന്റെ ചെറുകടി ശബ്ദം മുഴങ്ങുന്നതിനായി സ്തോത്രം മാലാഖമാരുടെ അകമ്പടിയോടെ രാജാധിരാജൻ ഞങ്ങളെ ഉള്ളത്തിലേക്ക് വരാൻ വരുന്നതിനായി സ്തോത്രം കർത്താവെ വചനംകെട്ടലിൽ ഒരേയും അനുഗ്രഹിക്കണമേ അവിടുത്തെ രണ്ടാമത്തെ ഒരവിനോട് ഞങ്ങൾ ഒരുക്കണമേ എല്ലാ നന്മകളും നിറയ്ക്കണമേ വൈകുന്നേരത്തെ ശുശ്രൂഷിക്കാതിന് സാന്നിധ്യം തരണമേ കൂടെയിരിക്കണമേ ബലപ്പെടുത്തണമേ ദൂതന്മാരെ കാവലാക്കി നിർത്തണമേ ആകാശമേഖങ്ങളെ തടുക്കണമേ കർത്താവെ മനസ്സറിയണമേ പ്രതിരിനാമം വഹുത്വപ്പെടുത്തണമേ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീ